guruvam namami gurave kulase vaste ye sasnanam ashalini gurugana namah sarvei se tasya namo namo meso സമരംഭം സഹജ സ്വരംഭജ സാഷേ ദേവ ദിവ തൈത്തരീം ബ്രഹ്മവരുടെ പ്രഥമാനുവാഗം മന്ത്രം ഭാഷ തത്മവാ ജ്ഞാനകർത്തൃത്വം ആത്മാത പ്രസിദ്ധം സ്വകൃത് ഭാവരൂപ്രസജ പാരതന്ത്രം ധാൻ കാരണം ജ്ഞാനിച്ച ധാത്വത്വം അതോ അസേനിത്യത്വം പരിതന്ത്രതാച്ച ഇത് ഇത്രയും പൂർവ്വപക്ഷമാണ് സിദ്ധാന്തമാണ് സത്യം ജ്ഞാനം ബ്രഹ്മ എന്നിടത്ത് ജ്ഞാനശബ്ദമാണ് ജ്ഞാനമാണ് ബ്രഹ്മൻ ജ്ഞാന ബ്രഹ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ിക്കണം അതിനെങ്ങനെ മനസ്സിലാക്കണം ജ്ഞാനമെന്നുള്ള തത്വത്തെ മനസ്സിലാക്കേണ്ടി വരുമ്പോൾ വരുന്ന ചോദ്യങ്ങൾ അതാണ് ഇവിടെ പറയുന്നത് ജ്ഞാനമാണ് ആത്മാവെന്ന് പറഞ്ഞു ജ്ഞാനം തന്നെ ആത്മാവ് പക്ഷെ നമ്മുടെ അനുഭവം എന്താണോ ജ്ഞാനമെന്നല്ല ഞാൻ അറിയുന്നവനാണ് ആത്മാ ഞാത്ത ജ്ഞാനവും നമുക്ക് അനുഭവം മറിച്ച് ഞാൻ അറിയുന്നവനാണോ എന്നോ ആരെങ്കിലും പറയാറുണ്ടോ ഞാൻ ജ്ഞാനമാണ് അങ്ങനെ പറയണ്ട മറിച്ച് പറയുന്ന എന്താണ് എനിക്ക് അറിവുണ്ട് എനിക്കറിവോ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ അറിയുന്നവനാണ് എന്നെല്ലാം ഉള്ള അനുഭവം എനിക്ക് പറയുന്നു ജ്ഞാനമാണല്ലെങ്കിൽ അറിവാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെ അനുഭവം വരണം ഞാൻ അറിവാണ് അങ്ങനെ വരണം ഞാൻ അതായത് ആത്മാ എന്റെ സ്വരൂപ അറിവാണ് അങ്ങനെ വരുന്നില്ല ഞാൻ കർത്തൃത്വ പ്രസിദ്ധി എന്നാണ് പറയുന്നത് അറിവുണ്ടാകുന്നു അറിയുന്നു ഞാൻ അറിവുള്ളവനാണ് അറിവല്ല ഇതാണ് സർവ്വസാധാരണമായ അനുഭവം സർവലോക സാധാരണമായ അനുഭവം ഇതൊരു അദ്വൈതി പറയുന്നു അങ്ങനെയല്ല ഞാൻ അറിവാണ് ഇത് അനുഭവത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് എന്ത് തീരുമാനിക്കണം ജ്ഞാനകർത്തൃത്വ ഞാൻ അറിവല്ല മറിച്ച് ഞാൻ അറിവുള്ളവനാണ് ഞാനാണ് അറിവ് ഉണ്ടാക്കുന്നത് എന്നിൽ അറിവുണ്ടാകുന്നു മറിഞ്ഞു പോകുന്നു അതുകൊണ്ട് ജക്തി ബ്രഹ്മേത്യയുക്തം അതുകൊണ്ട് ജ്ഞാനമാണ് ബ്രഹ്മം അതായത് അവിടെ പറഞ്ഞ് ബ്രഹ്മത്തെ ആത്മാവായി ബോധിപ്പിക്കും ബ്രഹ്മത്തെ സ്വരൂപമായി ബോധിപ്പിക്കും എന്താ ബ്രഹ്മം പറയുന്നത് ഞാനും ഇത് ശരിയാകത്തില്ല അത് മാത്രമല്ല അങ്ങനെ സ്വീകരിച്ചു എന്നിരിക്കട്ടെ ഒരു വാദത്തിന് വേണ്ടി ഞാൻ അറിവുള്ളവനല്ല ഞാൻ അറിവ് തന്നെ സാധാരണ നമ്മൾ പറയുമ്പോൾ ആരെങ്കിലും നമ്മളോട് പറയുകയാണ് നീ ആത്മാവാണോ എന്താത്മാവ് നീ അറിവാണ് ഉടനെ നമ്മൾ സമ്മതിക്കുന്നു തെല വിളിക്ക് ഞാൻ അറിവാണ് പ്രത്യേകിച്ചൊന്നും ധരിച്ചിട്ടല്ല ഒരാള് പറഞ്ഞു നമ്മൾ സ്വീകരിച്ചു അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ എന്തൊരു അനിത്യത്തെ പ്രസംഗ ആത്മാവ് അനിത്യമാണെന്നുള്ള ദോഷം എന്തുകൊണ്ട് ആത്മാവ് അറിവായതുകൊണ്ട് റിവ് ഉണ്ടാകുന്നു നശിക്കുന്നു സ്ഥായിയായ ഒരറിവില്ല ആർക്കും ഇതുവരെ അങ്ങനെ ഒരു അറിവുണ്ടായിട്ടില്ല ഒരറിവുണ്ടാകുക പിന്നെ നശിക്കാതിരിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു അറിവുണ്ടാകത്തില്ല രണ്ടാമതൊരറിവുണ്ടാകത്തില്ല ഇതെങ്ങനെയാണ് പ്രതിക്ഷണം അനുക്ഷണം അറിവുകൾ ഇങ്ങനെ മാറി മാറി വയ്ക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ സ്വീകരിച്ചാൽ അറിവാണ് ആത്മാവ് എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് അനിത്യമാണെന്ന് പറയും കാരണം അറിവ് അനിത്യമാണെന്നുള്ളത് സ്വാനുഭവമാണ് ഏതി നാമജപ്തർ ജ്ഞാനം മതി ഭാവരൂപത അഭിരണ തഥാപി അനിത്യത്വം പ്രസജീത പാരതന്ത്രിച്ച ഇനി പറയുന്ന ജ്ഞാനം എന്ന് പറയുന്നത് അക്ഷേപനമായ തി ബോധം അങ്ങനെയെടുക്കും അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാലും എന്നാലും ഇതനിത്യമാണ് എന്തുകൊണ്ട് ബോധത്തെക്കുറിച്ച് നമ്മൾ എന്താ പറയുന്നത് ബോധം നഷ്ടപ്പെട്ടുപോയി ജാഗ്രത്തിലെ ബോധം ഒരു സ്വപ്നത്തിലില്ല അവിടെ വേറെ ബോധമാണ് രണ്ട് ബോധവും സുഹൃത്തിയിലില്ല എന്തെങ്കിലും ബോധം കേട്ടുറങ്ങും അവിടെയൊക്കെ ബോധം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോ ബോധത്തെ ഒരു ക്രിയയായിട്ട് എടുക്കുന്നില്ല ബോധത്തെ ബോധമായിട്ട് തന്നെ എടുക്കുന്നത് ക്രിയ എന്നുള്ളത് ഇവിടെ ക്രിയ എന്ന് പറയുമ്പോഴാണല്ലോ ക്രിയയാണെങ്കിലും ഉണ്ടാകുന്നതാണ് നശിക്കുന്നതാണെന്ന് പറയുന്നത് അത് വേണ്ട ബോധത്തെ കേവലമായ അനുഭവമായിട്ടെടുക്കും അങ്ങനെ എടുത്തുകഴിഞ്ഞാലും അനുഭവശൂന്യമായ നിലയുണ്ടാവും ഗാഠനിദ്രയിൽ സുഷുത്തിയിൽ യാതൊരു അനുഭവവും ഒരു ബോധം അതുമാത്രമല്ല പാരതന്ത്ര്യം പരതന്ത്രതയും ഇവിടെ ആത്മാവ് ബ്രഹ്മം എന്താ പറയുന്നത് സർവതന്ത്ര സ്വതന്ത്രമാണ് അത് ഒന്നിനും അധീനമല്ല ഏതെങ്കിലും ഒന്നിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതല്ല ഉണ്ടാകുന്നതല്ല നശിക്കുന്നതല്ല പക്ഷേ ഞാനും അത് ഏത് തരത്തിൽ ഞാൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാലും ശരി അവിടെ പരതന്ത്രത വരും എന്തുകൊണ്ട് ധാത്തൃത്ഥാനം കരകാപക്ഷത്വം ജ്ഞാനം എന്നുള്ള ശബ്ദം പ്രയോഗിക്കുമ്പോൾ ജ്ഞാനം എന്ന് പറയുന്ന തത്വത്തെ നമ്മൾ മനസ്സിലാക്കുന്നു എങ്ങനെയാണ് ആ ശബ്ദത്തിന്റെ അർത്ഥമായിട്ടാഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു അർത്ഥബോധം ശബ്ദത്തെ ആശ്രയിച്ച സർവത്ര എവിടെയാണ് ഈ ബോധം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിൽ ആ മനസ്സിൽ ഒരു വസ്തുവിനെക്കുറിച്ച് ബോധമുണ്ടാകുമ്പോൾ ആ ബോധം ശബ്ദാത്മകമായിട്ടുണ്ടാകും ശബ്ദത്തെ വിട്ടിട്ട് ബോധം ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നാമരൂപം ഇതം സർവം എന്നെല്ലാം പറയുന്നത് പുസ്തകം ഒന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവുണ്ടായി പുസ്തകത്തിന് ആണ് കടലാസുകൾ കൂടിച്ചേർന്നാണ് അത് വായിക്കാവുന്നതാണ് അതിനെ കുറിച്ച് പല അറിവുണ്ടാകും പക്ഷെ ഈ അറിവെല്ലാം എന്തിനെ ആശ്രയിച്ചു വരുന്നു ശബ്ദത്തെ ആശ്രയിച്ചു ഇപ്പം നമ്മുടെ അറിവ് മനസ്സിലുണ്ടാകുന്നു വസ്തുബോധം ആ ബോധം ശബ്ദത്തെ ആശ്രയിച്ചുണ്ടാവുന്നു വസ്തുബോധം പലതരത്തിലുണ്ടാകുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ ചെയ്യുന്നവൻ കൃതം എന്ന് പറയുമ്പോൾ ചെയ്തു ചെയ്യുന്നു കരണം ചെയ്യുന്നതിനുള്ള ഉപകരണം ഒരു ധാതുവിൽ നിന്നും പലതരത്തിലുള്ള അർത്ഥബോധം ഉണ്ടാവും ഈ പലതരത്തിലുള്ള അർത്ഥബോധം ഉണ്ടാകുമ്പോഴും അതിനെല്ലാം ആധാരമായിട്ടുള്ള ഒരർത്ഥമുണ്ട് അതാണ് ആ ശബ്ദത്തിന്റെ നേരിട്ടുള്ള അർത്ഥം എല്ലാ ശബ്ദങ്ങളുടെയും അതിന്റെ മൂലരൂപം എവിടെ നിന്നാണ് അത് ആരംഭിക്കുന്നത് ഏതൊരു ശബ്ദത്തിൽ നിന്നാണോ അത് നാനാരൂപത്തെ പ്രാപിക്കുന്നത് പ്രത്യേക വിഭക്തി എല്ലാം ചേർന്നു നാനാരൂപത്തെ പ്രാപിക്കുന്നത് അതിനാണ് ധാതു എന്ന് പറയുന്നത് റൂട്ട് ആ ധാതു ആ ധാതുവിൽ നിന്ന് പല രൂപങ്ങളുണ്ടായി ഒരു ധാതുവിനെ പല അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നു പക്ഷെ ആ ധാതുവിന് ഒരു മൂലാർത്ഥമുണ്ടായിരുന്നു അതിനാണ് ക്രിയ എന്ന് പറയുന്നത് ധാതുവിന്റെ അർത്ഥം ക്രിയയാണ് ക്രിയെന്നു പറഞ്ഞാൽ പ്രവൃത്തി കൃധാതു ചെയ്യുന്നു പ്രവൃത്തിയെ കാണിക്കുന്നു എന്ത് ചെയ്താലും അതൊരു പ്രവൃത്തിയാണ് ശരീരത്തിന്റെ പ്രവൃത്തിയോ മനസ്സിന്റെ പ്രവൃത്തിയോ വാഗേന്ദ്രിയത്തിന്റെ പ്രവൃത്തിയോ മറ്റേന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയോ ഏതിനും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ധാതുവാണ് കൃധാതു ധാത്തോർത്ഥം എന്താണ് ക്രിയ ഇത് സർവ്വസാമാന്യമായ നിയമമാണ് ക്രിയയ്ക്കൊരു ദോഷമുണ്ട് എന്താണ് ക്രിയക്ക് സ്വതന്ത്രമായി നീക്കാൻ പറ്റത്തില്ല പ്രവൃത്തിക്ക് സ്വതന്ത്രമായി നീക്കാൻ പറ്റത്തില്ല അവിടെ ആ പ്രവൃത്തിക്കുന്നവൻ അല്ലെങ്കിൽ ആ പ്രവൃത്തിക്ക് കാരണമായ മറ്റെന്തെങ്കിലും വേണം അതിനാണ് കാരകങ്ങളെന്ന് പറയുന്നത് കർ കരോതി എന്ന് പറയുമ്പോ പ്രവർത്തിക്കുന്നു ആര് പ്രവർത്തിക്കുന്നു ഒരുവൻ പ്രവർത്തിക്കുന്നവൻ അവനെ കർത്താവ് എന്ന് പറയുന്നു കർത്തൃ കാരകം അപ്പൊ കർത്താവിനെ ആശ്രയിച്ച് ചെയ്യാൻ പറ്റും ഘടം കരോതി രാമൻ പാത്രത്തെ ഉണ്ടാക്കുന്നു അപ്പോ അവിടെ ആ കരോതി എന്ന് പറയുന്ന ക്രിയ നിർമ്മാണ ക്രിയ രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആശ്രയിച്ചേക്കും അപ്പൊ ക്രിയ ഇനി രാമൻ ഇല്ലെങ്കിലോ ആ പ്രവർത്തി നടക്കത്തില്ല അതാണ് ക്രിയയുടെ പരതന്ത്രത പറയുന്നത് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുക ആ ക്രിയകളങ്ങനെ പല ആശ്രയിക്കുന്നു അതാണ് കർത്താവ് കരണം സമ്പ്രദാനം അപാദാനം അധികാരണം എന്നാൽ കാരകങ്ങളെ കുറിച്ച് പറയുന്നു ക്രിയാജനകങ്ങൾ എന്ന് പറയും പറയുന്നു രാമേന രാമൻ വടികൊണ്ട് വടിയുടെ സഹായത്താൽ കൊടത്തെ ഉണ്ടാക്കുന്നു കൊടത്തെ ഉണ്ടാക്കുന്നതിനൊരു വടിയുടെ ആവശ്യ അവിടെ എന്തായി വടിയൊരു സഹായകമായി വന്നു ആ ക്രി പാത്രത്തെ ഉണ്ടാക്കുക എന്ന് പറയുന്ന ആ ക്രിയയ്ക്ക് വടി സഹായകമായി വന്നുകൊണ്ട് എന്ത് രാമനെ കൂടാതെ രാമനുണ്ട് അവിടെ അതുകൊണ്ടത് കരണകാരകമായി സർവ്വത്ര എവിടെയെല്ലാം പ്രവൃത്തിയുണ്ടോ അവിടെയെല്ലാം ഈ കാരകങ്ങൾ അതിന്റെ ജനനത്തിന് കാരണമായി വേണം അല്ലെങ്കിൽ ഉണ്ടാകത്തില്ലോ പിന്നെ പാത്രം ഉണ്ടാക്കുന്നതിന് ഒരു സ്ഥലം വേണം അതുകൊണ്ട് ഉണ്ടാകുന്നത് ചക്രം എന്ന് പറയുന്നൊരു സാധനത്തിലാണ് പറയും രാമ ദണ്ഡേന ചക്രേ ഘടം കരോതി ദണ്ഡം കൊണ്ട് ചക്രത്തിൽ വച്ച് അപ്പോ അവിടെ അതിവിടെ പാത്രം ഉണ്ടാകും അപ്പോൾ ക്രിയ ഉണ്ടാകുന്നതിന് രാമൻ മാത്രമല്ല രാമനായി ദണ്ഡമായി ചക്രമായി അധികരണം ചക്രമായി ഇതെല്ലാം കാരകങ്ങളാണ് ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാം എവിടെയെല്ലാം ക്രിയുണ്ടോ അതെല്ലാം കാരകത്തെ ആശ്രയിച്ചിട്ടാണ് ജ്ഞാനത്തിലേക്ക് വരാം ജ്ഞാനമെന്ന് പറയുന്നതും എന്താണ് ഞാ അവബോധന ഞാന്ന് പറയുന്ന ധാതുവിൻ്റെ അടുത്ത് അവബോധനം ബോധിക്കുക അറിയുക അറിയുക എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് ജ്ഞാത എല്ലാം വൻ അവിടെ ഒരു ധാത്തോത്വമായതുകൊണ്ട് അറിയുന്നു ആരറിയുന്നു ജാത രാമ ജാനാതി രാമ തത്വം ജാനാതി രാമ ബ്രഹ്മജാനാതി എന്നൊക്കെ പറയുന്നു രാമൻ ബ്രഹ്മത്തെ അറിയുന്നു രാമൻ ബ്രഹ്മത്തെ അറിയണമെങ്കിൽ എന്ത് വേണം രാമൻ എന്ന് പറയുന്ന ഒരു ജ്ഞാതാവ് വേണം അയാൾക്കാണ് ജ്ഞാനം ഉണ്ടാകുന്നതുകൊണ്ട് അയാളെ കർത്താവെന്ന് വിളിക്കാം അയാൾ ആശ്രയിച്ചുണ്ടാകുന്ന ഒരു ക്രിയയായി അറിവ് നിക്കത്തുള്ളൂ അപ്പൊ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം അതും കാരകാപേക്ഷമാണ് കർത്താവിനെ അറിയുന്നവനെ ആശ്രയിക്കുന്നു എന്നാണ് ധാത്തുവർത്താനാം കാരകാപേക്ഷത്വം സർവത്ര ധാത്തൂർത്വം കാരകത്തെ അപേക്ഷിക്കുന്നു അപ്പൊ എന്താണ് സർവ ശബ്ദങ്ങളും ഒരു ധാതുവിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതിൻ്റെ ഒരു മൂലരൂപത്തിന് ഒരു റൂട്ടിൽ നിന്ന് എല്ലാ ശബ്ദങ്ങളുടെയും ആ മൂലധാതു അതിന്റെ അർത്ഥം ക്രിയയാണ് ആ ക്രിയയാണെങ്കിലോ കാരകത്തെ അപേക്ഷിക്കും ജ്ഞാനമാണ് ബ്രഹ്മ എന്ന് ഗുരു പറഞ്ഞു കഴിഞ്ഞാൽ മന്ദബുദ്ധിയായ ശിഷ്യനാണെങ്കിൽ അത് ഗ്രഹിക്കും കണ്ണും മിഴിച്ച് വായും പൊളിച്ചിരുന്നതിൻ്റെ അർത്ഥം ഗ്രഹിച്ചെന്നാണ് പ്രത്യേകിച്ച് ഒന്നും തലയും കേരളത്തില്ല പക്ഷെ ചിന്തിക്കുന്നവനാണെങ്കിൽ ചോദിക്കുക അതെങ്ങനെയാണ് ചിന്തിക്കും ഈ പറയുന്നത് എന്താണ് ഞാനെന്ന് പറയുന്നത് എന്താണ് അതിനെയാണ് വിത്പത്തി എന്ന് പറയുന്നത് വിത്പന്നനാണെങ്കിൽ അത് അംഗീകരിക്കത്തില്ല അൺ പറയും എന്താ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം എന്തിനാണ് ഞാനോ എന്ന് പറയുന്നത് ചിന്തിക്കും അപ്പം ജ്ഞാനം എന്ന് പറയുന്നത് ക്രിയാണ് എന്തുകൊണ്ടത് ഞാദവിന്റെ അർത്ഥമാണ് അത് സ്വതന്ത്രമായി നിൽക്കുന്ന വന്നുണ്ട് ഒരു ക്രിയ നിലനിൽക്കണമെങ്കിൽ അവിടെ കർത്താവ് കരണം തുടങ്ങിയ കാരകങ്ങൾ വേണം ബ്രഹ്മത്തെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതൊരു ക്രിയയായി അത് മറ്റെന്തതിനെ ആശ്രയിക്കുന്നതാണ് പരതന്ത്രത അതുകൊണ്ട് ബ്രഹ്മം എന്ന് പറയാൻ സാധ്യമല്ല ബ്രഹ്മത്തെ ജ്ഞാനമെന്ന് പറയാൻ സാധ്യമല്ല വേറെന്തെങ്കിലും പറയാം ജ്ഞാനം പറയാൻ സാധ്യമല്ല ഇത്രയൊന്നും ചിന്തിച്ചില്ലെങ്കിലും സാധാരണ ബ്രഹ്മം ജ്ഞാനമാണെന്ന് പറയുമ്പോൾ സാധാരണ ഗുരുവിന്റെ മനസ്സും അതാണ് ആരവ് അതിങ്ങനെ മാറിപ്പോകുന്നതാണ് ഇതെങ്ങനെ നിത്യസത്യമായിരിക്കണം ബ്രഹ്മമാകും എൻ്റെ സാങ്കേതികത്വം മനസ്സിലായില്ലെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് സംശയമില്ല അതിനിടെ ഭാഷയകാരൻ ശാസ്ത്രീയമായി വിശദീകരിക്കും കാരണം ഇത് പറയുന്നത് ഭാഷകാരൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് മന്ദബുദ്ധികൾ ഒരിക്കൽ കേൾക്കുമെന്ന് ഇത് വിത്പന്നന്മാർക്ക് വേണ്ടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് എഴുതിയതും പറഞ്ഞതെന്ന് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത് ഇത് ഭാഷകാരൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ബോറടിക്കുന്നു അങ്ങനെയുള്ളവരോ ഒരിക്കലും മനസ്സിൽ കണ്ടിട്ടേ ഇല്ല ക്രിക്കറ്റ് കാണുന്നതുപോലെ രസകരമായി ഇത് കാണുമെന്ന് ഭാഷകാരുടെ സ്വപ്നത്തെ പോലും വിചാരിച്ചിരിക്കുന്നു രണ്ട് രണ്ട് കാര്യങ്ങളാണ് അതുപോലെ നമുക്ക് എല്ലാം എന്താണ് വിനോദോപാധികളാണ് ഇതെല്ലാം അദ്വൈതമായാലും ശരി ആത്മീയമായാലും ശരി കുറച്ച് സമയം പോണം രസിക്കണം എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ ഇതിനെ എഴുതാൻ പറ്റത്തില്ല ഇത് ഗൗരവമുള്ള വിഷയമാണ് ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഗൗരവമില്ലെങ്കിൽ പിന്നെ ഇതിലാ ഗൗരവ തൃപ്പണിഞ്ഞിന്തിക്ക് ഇത് എങ്ങനെയാ പറഞ്ഞെന്ന് ഫലിപ്പിക്കുന്നു പറഞ്ഞ് ഫലിപ്പിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും ആശയക്കുഴപ്പം വരാറുണ്ട് കാരണം ഇത് പഴയ നാട്ടു ഭാഷക്കുറേ നാഴിക്കാത്ത ഇടം കഴിയേറ്റുക അതുപോലെയാണ് ഇത് പറഞ്ഞ് മനസ്സിലാകുന്നു അങ്ങനെയുള്ള മനസ്സുകളെ ഇതിനെ കയറ്റി വിടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം എനിക്കറിയാൻ പലപ്പോഴും ഞാൻ പരാജയപ്പെടുന്നുണ്ട് കാര്യം നിവർത്തിയില്ല പരാജയപ്പെടുകയല്ല അത് വിഷയത്തിന്റെ ഗൗരവം അങ്ങനെ അതിനോട് ചോദിക്കുന്നു ധാത്തുവർത്താനം കാരകാപേക്ഷത്വം ജ്ഞാനം ചാത്തവർത്വം ജ്ഞാനം എന്ന് പറയുന്നത് ഒരു ധാത്തവർത്ഥമാണ് ഞാൻ ധാതുവിന്റെ അർത്ഥമല്ലേ വന്നുകഴിഞ്ഞാൽ അത് ക്രിയയാണ് ധാത്തുവർത്തം ധാത്തോർത്വം എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കണം ക്രിയ പ്രവൃത്തി എവിടെ ധാത്തവൃത്വം പറയുന്നു സർവത്ര അത് ക്രിയയാണ് ക്രിയാണ് ക്രിയ ഭാവം സാങ്കേതിക ശബ്ദങ്ങളാണ് ധാത്വർത്ഥമാണെങ്കിലോ അസ്യാനിത്യത്വം അത് അനിത്യമാണ് എന്തുകൊണ്ട് ക്രിയ എന്ന് പറയുന്നത് ഉണ്ടാകുന്ന നശിക്കുന്ന അങ്ങനെ അല്ലാത്തൊരു ക്രിയ നമ്മൾക്ക് അറിയത്തില്ല മാത്രവുമല്ല വരതന്ത്രദാജ കാരകത്തെ അപേക്ഷിക്കുന്നു കർത്താവ് കർണം തുടങ്ങിയ കാരകങ്ങളെ അത് അങ്ങനെയുള്ള ഒരു ജ്ഞാനത്തെയാണ് ഇവിടെ പറയുന്ന ബ്രഹ്മം അതാണ് നിങ്ങളുടെ സ്വരൂപം എന്നെല്ലാം പറയുന്നത് ഇതെങ്ങനെ ശരിയാകുമെന്നാണ് ചോദ്യ വ്യക്തമായിരിക്കും ഇവിടെ ശ്രുതിയിലായാലും ഭാഷ്യത്തിലായാലും ഒരു തത്വത്തെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു ആ തത്വം എന്ന് പറയുന്നത് അലൗകികമായൊരു തത്വം അതെവിടെയാ ധരിക്കേണ്ടത് ആ ശ്രോതാവിൻ്റെ മനസ്സിൽ ധരിക്കുന്നത് അതിനുള്ള മാധ്യമം എന്താണ് ശബ്ദം മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് തത്വം മറ്റൊന്ന് മനസ്സ് ശബ്ദം ശബ്ദത്തിന്റെ മാധ്യമത്തിലൂടെയാണല്ലോ ഇത് ബോധിപ്പിക്കുന്നു അപ്പം ആ തത്വത്തെ അതിന്റെ പൂർണ്ണതയിൽ ഈ ശബ്ദത്തിലൂടെ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും മാധ്യമത്തിലൂടെ അങ്ങനെ ഗ്രഹിക്കേണ്ടി വന്നാൽ ആ ശബ്ദത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും ഏത് ശബ്ദമാണ് അതിന് ഏത് ശബ്ദമായാലും ആ ശബ്ദം എന്തിനാണ് പ്രതിനിധാനം ചെയ്യുന്നത് അതിൻ്റെ അർത്ഥത്തിൽ ആർത്ഥം എവിടെ നിന്ന് തുടങ്ങുന്നു സ്ത്രീ തുടങ്ങുന്നു അങ്ങനെയാണെങ്കിൽ ബ്രഹ്മത്തെ ജ്ഞാനം എന്നുള്ള ശബ്ദം കൊണ്ട് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു മനസ്സിനാണ് ബോധിക്കേണ്ടത് ജ്ഞാനെന്ന് പറയുന്നത് ഒരു ശബ്ദമാണ് ആ ശബ്ദത്തിന്റെ അർത്ഥം സ്ത്രീയാണ് സ്ത്രീയാ ഉണ്ടായി നശിക്കുന്നതാണ് കർത്താവ് കരണം അധികരണം തുടങ്ങിയ ആശ്രയിച്ചിരിക്കുന്നതാണ് അതിന്റെ അർത്ഥമായി ബ്രഹ്മത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ബ്രഹ്മം രണ്ട് ദോഷവും വരും അനിത്യതയും പരതന്ത്രതയും വരും അങ്ങനെ വന്നുകഴിഞ്ഞാലോ അത് ലൗകികമായും മറ്റേതിനേയും തന്നെയാണ് അത് പ്രാപഞ്ചികമാണ് പ്രാപഞ്ചികമായ സർവവസ്തുക്കളിലും നമ്മൾ അറിയുന്നുണ്ട് എന്താണ് ഈ അനിത്യത പരതന്ത്രത എല്ലാം അറിയുന്നത് അതിൽ വിലക്ഷണമായ ഒരു തത്വത്തെയാണ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് ശബ്ദത്തിലൂടെ ബോധിപ്പിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നതിന്റെ താല്പര്യം അതിന് വിശദമായി ഭാഷകാരന് മറുപടി പറയുന്നത് എന്ന് പറഞ്ഞാൽ ശരിയല്ല നിങ്ങളുടെ ചോദ്യം നിങ്ങളുടെ ധാരണ ശരിയല്ല സ്വരൂപ അമ്പേതിരേഖേണ കാര്യത്വ ഉപചാര ഇതിനെ സൂത്രഭാഷികം പറയും അതായത് ഭാഷയത്തെ സൂത്രരൂപത്തിൽ എഴുതുക അത് വായിക്കും നമുക്ക് പ്രത്യേകിച്ച് ഒരു അർത്ഥം തോന്നത്തില്ല എന്നിട്ട് അതിനെ സ്വയം വ്യാഖ്യാനിക്കും അതിനടുത്തന്നെ വ്യാഖ്യാനിക്കണം താൻ പറഞ്ഞതിനെ തന്നെ വ്യാഖ്യാനിക്കണം സ്വരൂപ അവ്യതിരീണ കാര്യത്വോപചാര നല്ല വിൽപ്പന്നനായ ഒരു ശ്രോതാവിനാണെങ്കിൽ സ്വരൂപ അവ്യതിരീണ കാര്യത്വ ഉപചാര എന്ന് പറഞ്ഞാൽ മാത്രമാണ് എന്താണോ ഭാഷ്യകാരന്റെ സമാധാനം അത് പിടികിട്ടും അത് വിത്പത്തി പോരായെന്നുണ്ടെങ്കിൽ പിന്നീട് ഈ പറയുന്ന മുഴുവൻ പറയേണ്ടി എന്താണ് ആത്മന സ്വരൂപം അതോ നിത്യേവ തഥാപി ബുദ്ധി ഉപാധി ലക്ഷണായ ചക്ഷുരാ വിഷയാകാരേണ പരിണാമവഭാസ തേ ആത്മവിജ്ഞാന വിഷയഭൂതപത്മവിജ്ഞാന വ്യക്ത ഉത്പയന് തസ്മാത്മവിജ്ഞാനവഭാഷ വിജ്ഞാനശവാ സൂത്രഭാഷ്യത്തിന്റെ വ്യാഖ്യാനമാണ് സ്വരൂപ്യതിരീകേണ കാര്യ അതിനു വേണ്ടിയിട്ടാണ് നീണ്ട രണ്ടു വാചകങ്ങളിലൂടെ അതിനെ വിശദീകരിക്കുകയാണ് ഈ വിശദീകരണത്തെയാണ് വീണ്ടും നമ്മൾ വിശദീകരിക്കുന്നത് ആ വിശദീകരണം കൊണ്ടാണ് നമ്മൾ ഉറങ്ങിപ്പോകുന്നത് അപ്പൊ പിന്നെ എവിടെ പോയി നിൽക്കുന്നത് വിശദീകരിക്കുന്നു എന്താണോ ഈ പറഞ്ഞ രണ്ട് ദോഷങ്ങൾ ജ്ഞാനം ബ്രഹ്മം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അനിത്യമാകും അതിൽ പാരതന്ത്ര്യം വരും അനുസമാനം പറയുന്നു ആത്മനസ്വരൂപം ഞപ്തി ആത്മാവിന്റെ സ്വരൂപം അതിനാണ് ജ്ഞാനം അല്ലെങ്കിൽ ജപ്തി എന്ന് പറയുന്നത് സ്വരൂപത്തെക്കുറിച്ച് പറയും അതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ക്രിയ അല്ല അതിൽ പാരതന്ത്രമില്ല ജ്ഞാനമെന്നുള്ള ശബ്ദം കൊണ്ട് അതിനെ ബോധിപ്പിക്കുന്നു അത് ശരിയാണ് ജ്ഞാനമെന്നുള്ള ശബ്ദം കൊണ്ട് അതിനെ ബോധിപ്പിച്ചാലും അതിലൂടെ ബോധിക്കേണ്ടത് എന്താണോ ആത്മസ്വരൂപമായിരിക്കുന്ന നിത്യമായിരിക്കുന്ന ഒന്നിനെയാണ് പക്ഷെ ജ്ഞാനമെന്നുള്ള ശബ്ദത്തിലൂടെ നമ്മൾ ധരിക്കുന്ന അതല്ലോ നശിക്കുന്ന ജ്ഞാനമാണല്ലോ അതിന് സമാനം പറയുന്നുതിരിച്ചതേ ഇവിടെ പറയുന്നു ആത്മാവെന്നൊരു വസ്തുവിനെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബ്രഹ്മമെന്നും ആത്മാവ് എന്നിട്ടതിനെ ജ്ഞാനമെന്നും പറയുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്തിനെയാണോ ആത്മാവെന്ന് നിർദ്ദേശിക്കുന്നത് അതിൽ നിന്നും വേറിട്ട് ഒരു ജ്ഞാനം അങ്ങനെ ഒന്നിവിടെ പറയുന്നു നമ്മൾ ജ്ഞാനമുണ്ട് ആ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ ആത്മാവിൽ നിന്ന് വേറിട്ട ജ്ഞാനമാണ് അതാണ് നമുക്ക് ക്രിയയായിട്ട് അനുഭവപ്പെടുന്നത് അതിനാണ് പാരതന്ത്രം അനുഭവപ്പെടുന്നത് ഇവിടെ അങ്ങനെ അതിനെക്കുറിച്ചല്ല പറയുന്നു ആത്മസ്വരൂപമായൊരു ജ്ഞാനം ഈ അതെങ്ങനെ മനസ്സിലാക്കും കാരണം ജ്ഞാനമെന്നുള്ള ശബ്ദം കൊണ്ടാണ് അതിനെ ബോധിപ്പിക്കുന്നതെങ്കിൽ ജ്ഞാനശബ്ദം കൊണ്ട് ധരിക്കുന്ന ആ ജ്ഞാനം നമ്മുടെ അനുഭവം നമ്മളെ അനുഭവം എന്ന് വിളിക്കുന്നത് അത് നശിക്കുന്നതാണല്ലോ അപ്പോൾ അതേ ജ്ഞാനശബ്ദം ജ്ഞാനമെന്നും അനുഭവമെന്നോ എല്ലാം പറയാം സംവിജ്ഞാനം അനുഭവം എല്ലാം ശരിയായ ശബ്ദങ്ങളാണ് അപ്പോൾ ഈ ജ്ഞാനശബ്ദം അല്ലെങ്കിൽ അനുഭവം ജപ്തി എന്നെല്ലാം പറയുന്നത് ഈ ശബ്ദങ്ങളിലൂടെ നമ്മൾ എന്തിനാണോ ധരിക്കുന്നത് അത് ആത്മരൂപത്തിലിരിക്കുന്ന നിത്യമായിരിക്കുന്ന ആ ജ്ഞാനത്തിൽ നിന്നും വേറെയല്ല എന്നതോ അതിരിച്ചത്രിട്ടങ്ങനെയൊന്നുമില്ല അത് തന്നെയാണ് അതോ നിത്യ ഏവ അതുകൊണ്ടത് നിത്യം തന്നെയാണ് നമ്മുടെ അനുഭവത്തിൽ ഞാനും അനിത്യമാണ് പക്ഷേ ഈ ശ്രോതാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആ ജ്ഞാനും നിത്യമാണ് നിത്യ ഏവ എന്ന് പറയുമ്പോൾ നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമായ കാര്യമാണ് പറയുന്നത് എന്റെ അനുഭവത്തിൽ നിത്യമായ ഒരു ജ്ഞാനത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഉണ്ടായി നിശ്ചിത ജ്ഞാനത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന് സമാധാനം പറയുന്നു ഈ അനുഭവവും തത്വവും തമ്മിൽ വരുന്ന ഈ വൈരുദ്ധ്യം ഇതെങ്ങനെ പരിഹരിക്കാം തഥാവി ബുദ്ധേഹി ഉപാധി ലക്ഷണായ ചുരാധിദ്വാരൈഹി വിഷയാകാരേണ പരിണാമിന്യാ ശബ്ദാദ്യാകാര അവഭാസ ഇതിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുന്നു തഥാപി ബുദ്ധേ ഇവിടെ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ബുദ്ധി അങ്ങനെ മനസ്സെന്ന് മനസ്സിലാവും ബുദ്ധി അല്ലെങ്കിൽ മനസ്സ് അങ്ങനെ ഒന്നുണ്ട് അതെന്താണോ അത് ഉപാധിയാണ് എന്തിനുള്ള ഉപാധി ഇത് പുസ്തകമാണ് ഇത് പേനയാണ് ഇത് ശരീരമാണ് ഇത് പ്രപഞ്ചമാണ് ഇത്തരത്തിലുള്ള അനന്തമായ ഈ അറിവ് ഈ അറിവിനുള്ള ഒരു ഉപാധിയാണ് ഉപാധിയാണ് ബുദ്ധി അല്ലെങ്കിൽ മനസ്സ് ഉപാധി ലക്ഷണമായ ഉപാധിയാണ് അതിന്റെ സ്വരൂപം അത് ചക്ഷുരാധിദ്വാരി അത് ആ മനസ്സ് പറയുന്നതാണ് ഇത് രൂപമാണ് ഇത് രസമാണ് ഇത് ഗന്ധമാണ് ഇത് സ്പർശമാണ് ഇപ്പം മനസ്സെന്ന് പറയുന്ന ഒരു വസ്തു അല്ലെങ്കിൽ പദാർത്ഥം അല്ലെങ്കിൽ ബുദ്ധി ആ മനസ്സാണ് പറയുന്നത് ഇത് രൂപമാണ് അപ്പം നമ്മൾ ആ മനസ്സിന് പേരിടും ഇതാണ് അറിവ് രൂപത്തെക്കുറിച്ചുള്ള അറിവ് ഇത് രസമാണ് എന്ന് മനസ്സ് പറയുമ്പോൾ നമ്മൾ പറയും ഇത് രസത്തെക്കുറിച്ചുള്ള അറിവാണ് മനസ്സെന്താ അങ്ങനെ പറയുന്നത് മനസ്സിൽ എങ്ങനെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു പരിണാമം വരുന്നു പറയുന്നു ഈ കർണങ്ങൾ ഈ ശരീരം ഈ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്ന സ്ഥൂലമായ കർണങ്ങൾ മനസ്സിനെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന സൂക്ഷ്മമായ കർണങ്ങൾ ഇതിന്റെ എല്ലാ കൂടി ഈ മനസ്സ് േണ പരിണാമിന്യാ വിഷയരൂപത്തിൽ പരിണമിക്കുന്നു വിഷയരൂപത്തിൽ പരിണമിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് വിഷയത്തെ വെളിപ്പെടുത്തുന്നു അതാണ് വിഷയരൂപത്തിൽ പരിണമിക്കുക എന്ന് പറഞ്ഞു ഊഷ്ണത്തെ കാണുമ്പോ മനസ്സ് പറയുന്നു ഉഷ്ണം ശീതത്തെ കാണുമ്പോൾ മനസ്സ് പറയുന്നു ശീതം എന്ന് പറയുന്നു ഈ പരിണമിക്കു പറഞ്ഞാൽ അതിന് ഇത്ര അർത്ഥമാണ് ഉഷ്ണമെന്ന് പറയുന്ന ഒരു ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സ് സമ്പർക്കത്തിൽ വരുമ്പോൾ മനസ്സിൽ ഇതുഷ്ണമാണ് എന്നുള്ളൊരു പരിണാമം വരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സ് ഇത് ഉഷ്ണമാണ് എന്നുള്ള ബോധം വരുന്നു അപ്പൊ മനസ്സിലുണ്ടാകുന്ന ഇത് ഉഷ്ണമാണ് എന്നുള്ള ആ ബോധം ആ അറിവ് അതിനാണ് പരിണാമം എന്ന് പറയുന്നത് അല്ലാതെ വസ്തുവിന്റെ രൂപത്തിൽ അത് മാറുന്നു എന്നെല്ലാം പറയുമ്പോൾ മനസ്സങ്ങനെ ഒരു വസ്തുവാണ് അതുപോലെ ഒരു രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ള സാധാരണ പറയുന്നർത്ഥം ധരിക്കരുത് ഉഷ്ണമെന്ന് പറയുന്ന വസ്തുവിൽ പറയുന്ന തരത്തിൽ മനസ്സ് പോയി അതിന്റെ രൂപത്തിലായിക്കഴിഞ്ഞാൽ മനസ്സ് ഉഷ്ണിച്ചു പോവും മനസ്സ് ബന്ധു പോവും അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ എത്ര കടുത്ത ചൂടായാലും ശരി ശരീരം ചിലപ്പോൾ ദഹിച്ചു പോയെന്നായിരിക്കാം മനസ്സ് ദഹിക്കാറില്ല കണ്ടു കഴിഞ്ഞു അറിഞ്ഞു മനസ്സ് അഗ്നിയുടെ രൂപത്തിൽ പരിണമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളതാണ് അർത്ഥം ഇതിന് സാധാരണ ഒരു പ്രസിദ്ധമായ ഉദാഹരണം മനസ്സിലാക്കി തരാൻ വേണ്ടി പറയും എന്താണ് ഒരു കുളത്തിലെ ജലം അത് ചെറിയ തോടുകളിലൂടെ ചാലുകളിലൂടെ ഒഴുകി വയലിൽ പോയി പല തരത്തിലുള്ള വയലിന്റെ രൂപത്തെ പ്രാപിക്കുന്നതുപോലെ അന്ധക്കരണമെന്ന് പറയുന്ന ബസ് ാഹ്യമായി പോയി അതാത് വിഷയങ്ങളുടെ രൂപത്തെ പ്രാപിക്കുന്നു സാങ്കന്മാരുടെ ഉദാഹരണം അദ്വൈതി പറയുന്ന ആ തരത്തിലല്ല അങ്ങനെ പരിണമിക്കുന്നു എന്നുള്ള രീതിയിലല്ല ഇരുമ്പിനെ ഉരുക്കി മൂശയിലേക്ക് ഒഴിക്കുമ്പോൾ അത് പല പാത്രത്തിന്റെ രൂപത്തിലാകുന്നു അതുപോലെയെന്നും പറയാറില്ല ഈ ഉദാഹരണങ്ങളെല്ലാം അതിന്റെ വാച്യാർത്ഥത്തെ എടുക്കരുത് പിന്നെന്താണ് അവിടെ പരിണമിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ചുള്ളൊരു അറിവ് ഉള്ളിലുണ്ടാകുന്നു ഉള്ളെന്ന് പറഞ്ഞാൽ മനസ്സ് മനസ്സിലുണ്ടാവുന്നു അത്രയുള്ളൂ പരിണാമത്തിൻ്റെ അപ്പോൾ ശീതം തണുപ്പ് മനസ്സിനനുഭവം ഉണ്ടാകുന്നു ശരീരം തണുക്കുമ്പോൾ മനസ്സ് പറയുന്നു തുകേന്ദ്രിയം ശീതത്തെ ഗ്രഹിക്കുന്നു മനസ്സ് പറയുന്നു ശീതമാണ് മനസ്സല്ല ശരീര ശീതമാണ് ഉടനെ തന്നെ ഉഷ്ണം തൊകേന്ദ്രിയും ഉഷ്ണത്തെ ഗ്രഹിക്കുന്നു മനസ്സ് പറയുന്നു അറിവുണ്ടാകുന്നു ഉഷ്ണമാണ് ശരീരത്തിന്റെ ഉഷ്ണത്തെ ശരീരത്തിന്റെ ശീതത്തെയൊക്കെ മനസ്സ് ഗ്രഹിക്കുന്നു മനസ്സല്ല ദഹിക്കുന്നത് അവിടെ പരിണമിക്കുന്നു പറഞ്ഞാൽ എന്താണോ മനസ്സെന്ന് പറയുന്നൊരു പദാർത്ഥം ആ പദാർത്ഥത്തിൽ അങ്ങനെ ഒരറിവുണ്ടാകും ഉഷ്ണമാണ് ശീതമാണ് ബുദ്ധേ ഉപാധി ലക്ഷണായ ചക്ഷുരാദിദ്വാരേ ഹി വിഷയാകാരേണ പരിണാമിന്യാം ഏ ശബ്ദാദി ആകാരവഭാസ ഇതിന് അദ്വൈതികളുടെ ഭാഷയിൽ പറയും മനോവൃത്തി ഇന്ദ്രിയവൃത്തി വൃത്തിശബ്ദം പറയും അതിനുള്ള ഭാഷകാലം പറയുന്നു ശബ്ദാദി ആകാര അവസം ശബ്ദാദികളുടെ രൂപത്തിലുള്ള അവഭാസം പ്രതീതി ജ്ഞാനം അനുഭവം അത് സംഭവിക്കുന്നു മനസ്സ് അനുഭവം ഉണ്ടാവും ശബ്ദമാണ് രൂപമാണ് രസമാണ് ഗന്ധമാണ് ഇതെവിടെയാ സംഭവിച്ചത് ബുദ്ധിയാണെങ്കിൽ മനസ്സിലാണ് ഇത് സംഭവിച്ചത് അതിന് ആഭാസം എന്ന് എന്തുകൊണ്ട് പറയുന്നു കാരണം മനസ്സ് ഒരു വസ്തുവാണ് പദാർത്ഥമാണെന്ന് പറയുന്നത് ജഡമാണ് പുറമേ ഉള്ള ശീതമല്ലെങ്കിൽ ജഡമാണ് പദാർത്ഥമാണ് അതെല്ലാം പഞ്ചഭൂത നിർമ്മിതമാണ് ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെടുമ്പോ ഇത് രണ്ടിൽ നിന്നും വേറിട്ടുള്ള ഒന്നുണ്ടാകുന്നു അതിനാണ് നമ്മൾ അറിവെന്ന് പറയുന്നു മനസ്സും പഞ്ചഭൂതാത്മകമാണ് പുറമെയുള്ള വിഷയങ്ങളും പഞ്ചഭൂതാത്മകമാണ് പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന എന്താണോ ഇത് ശീതമാണ് ഇത് ഉഷ്ണമാണ് ഇതിനാണ് നമ്മളറിവെന്ന് പറയുന്നത് അത് മനസ്സും അല്ല വിഷയവുമല്ല എന്നാൽ ഇത് രണ്ടിനോട് ചേർന്നതുമാണ് കാരണം ആ ശീതമില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു അറിവ് ഉണ്ടാകുന്നുണ്ട് ശീതമുണ്ട് പക്ഷെ മനസ്സവിടെ പ്രവർത്തിക്കുന്ന ഓർക്കത്തിലാണ് അവിടെയും അറിവുണ്ടാകുന്നത് അപ്പൊ ശീതവും മനസ്സും കൂടി ഒരു ബന്ധം വരുമ്പോൾ മനസ്സെന്ന് പറയുന്ന ഈ പദാർത്ഥവും ശീതവും പറയുന്ന പദാർത്ഥം ബന്ധമുണ്ടാകുമ്പോൾ മനസ്സിലുണ്ടാകുന്ന One disciple that is <laughs> called metakhasana. You would never tell them that it was recommended. There is a Jesus question that He just bunkerged his name at the end and does kind of say obey to�tes Amen they are not there for all these scriptures. Dinosutan posts when D дети described that in all fruit, കാരണം ഇവിടെയുള്ള രണ്ടു വസ്തുക്കൾ മനസ്സെന്ന് പറയുന്നതും ശീതമല്ലെങ്കിൽ വിഷ്ണു എന്ന് പറയുന്നത് രണ്ടും ഒരേ സ്വഭാവത്തിലുള്ളതാണ് പഞ്ചഭൂതമാണ് ഒരേ സ്വഭാവത്തിലുള്ള രണ്ടു വസ്തുക്കൾ കൂടി ചേരുമ്പോ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അതിൽ നിന്നും വിലക്ഷണമായിരിക്കുന്ന മറ്റൊന്നും ഉണ്ടാകുന്നു അതിനൊരു യുക്തി പറയാൻ പ്രയാസമാണ് പക്ഷെ അത് അനുഭവമാണ് താൻ അതിനാണ് നമ്മൾ അനുഭവം എന്ന് പറയുന്നത് അതെങ്ങനെ സംഭവിക്കുന്നു എന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ യുക്തിക്ക് എവിടെ കിട്ടുന്നുള്ളത് രണ്ട് വസ്തുക്കൾ കൂടിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവിടെ അറിവുണ്ടായി അത് സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കുമ്പോഴാണ് അതിന് ആഭാസം എന്ന് പറയുന്നത് അവൻ ആഭാസനാണെന്ന് പറഞ്ഞാൽ എന്താണ് അവൻ അങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടിയിരുന്നു അവന് സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു സാധാരണ പറയുമ്പോൾ അതുപോലെ ഇതേതുപോലെ സംഭവിക്കുന്നു എന്തുകൊണ്ട് സംഭവിക്കുന്നു അതാണ് ഇടത്ത് പറയുന്നത് തേ ആത്മവിജ്ഞാന വിഷയഭൂത ഇവിടെ മനസ്സും പദാർത്ഥമാണ് ശീതവും പദാർത്ഥമാണ് വസ്തുവാണ് പഞ്ചഭൂതങ്ങളാണ് പക്ഷെ ഇവ രണ്ടും ആത്മസാന്നിധ്യത്തിൽ സ്ഥിതിയും ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ സ്ഥിതിയും ഇതിന്റെ സ്വഭാവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു പഞ്ചഭൂതാത്മകമായ ഈ പദാർത്ഥങ്ങളെ കൂടാതെ ഇതിനുള്ള എന്താണ് കാര്യമാണ് പരിതന്ത്രമാണ് ഇതിനൊന്നും കൂടാതെ ഇതിനൊന്നും ആശ്രയിക്കാതെ സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഒന്നാണ് ചൈതന്യം ആ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ ഇവ നിൽക്കുന്നു പുറമെ വിഷയങ്ങളായാലും ശരി ഉള്ളിൽ മനസ്സായാലും ശരി ആ ചൈതന്യ സാന്നിധ്യത്തിൽ ഇത് നിൽക്കുമ്പോൾ മനസ്സെന്ത് ചെയ്യുന്നു അത് ചൈതന്യമയമായി നിൽക്കുന്നു ഏതുപോലെ കാന്തത്തിന്റെ സമീപത്തിൽ തിരുന്നു കഴിഞ്ഞാൽ അത് കാന്തമയമായി തീരുന്നു അതെന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നതൊന്നും ചോദിക്കുക അതിന്റെ സ്വഭാവമാണ് കാന്തത്തിന്റെ സ്വഭാവമാണ് ഇരുമ്പിനെ കാന്തമയമാക്കുക ഇരുമ്പിന്റെ സ്വഭാവമാണ് കാന്തത്തിന്റെ സമീപത്തിൽ സ്വയം കാന്തമയമായി തീരുക അതുപോലെ മനസ്സിന്റെ സ്വഭാവമാണ് അത് ചൈതന്യമായ തീരുക അപ്പം മനസ്സ് ചൈതന്യമായ തീരുമ്പോൾ അതിനാണ് നമ്മൾ അറിവെന്ന് പറയുന്നത് ചൈതന്യമായ മനസ് കാന്തം അതൊരിരുമ്പ് തന്നെ അതിൻ്റെ സമീപത്തിൽ ഒരിരുമ്പ് വച്ച് അത് കാന്തമയമായ തീരുമ്പം നമ്മൾ അതിനെയും പറയും തന്നത് കാന്തികമായ ഇരുമ്പാണെന്ന് പറയും അതുപോലെ ആത്മചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ മനസ്സ് സ്ഥിതി മനസ്സ് ചൈതന്യമായ അതിൽ നിൽക്കാൻ നിൽക്കാൻ കഴിയത്തില്ല അല്ലേ കാന്തത്തിന്റെ സമീപത്തിൽ ഇരുമ്പിനെ വയ്ക്കുക ഇരുമ്പ് കാന്തമയം അല്ലാതിരിക്കുക അത് സംഭവിക്കത്തില്ല സൂര്യന്റെ നേരെ കണ്ണാടിയെടുത്ത് പിടിക്കുക കണ്ണാടിയുടെ സൂര്യന്റെ പ്രതിബിംബം കണ്ണാടിയിൽ പതിയാതിരിക്കുക അത് സംഭവിക്കത്തില്ല വസ്തു സ്വഭാവം എന്ന് പറയും അതതിന്റെ സ്വഭാവമാണ് അതുപോലെ മനസ്സ് ആത്മസാന്നിധ്യത്തിൽ ആത്മാവതിന്റെ ചൈതന്യം ഇതിൽ നിന്നാം വിലക്ഷണമായ അതിന്റെ സാന്നിധ്യത്തിൽ മനസ്സ് ചൈതന്യമായിത്തീരുന്നു അപ്പം നമ്മൾ സാധാരണ മനസ്സ് മനസ്സെന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളല്ല പറയുന്നത് മനസ്സ് പഞ്ചഭൂതങ്ങളാണെന്നും നമുക്കൊട്ടറിയാനും കഴിയില്ല നമ്മൾ സാധാരണ മനസ്സെന്ന് പറയുന്നത് എന്തിനെയാണ് ഈ കാന്തമയമായ ലോഹത്തെ പോലെ ചൈതന്യമയമായിരിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ മനസ്സെന്ന് അല്ലെങ്കിൽ ബുദ്ധിയെന്ന് പറയുന്നത് അതിനങ്ങനെ നിലനിൽപ്പുള്ളൂ ഇല്ലെങ്കിൽ അതില്ല മനസ്സില്ല മനസ്സ് സദാ ചൈതന്യമയമായിരിക്കുന്നു അതിന് മനസ്സെന്നോ ബുദ്ധിയെന്നോ പറയുന്നു അങ്ങനെയുള്ള മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത് മനസ്സിൻ്റെ അറിവുണ്ടായി മനസ്സ് അറിയുന്നു അത് അപ്പോഴേ പറയാൻ പറ്റും ശീതമെന്നു പറയുന്ന വസ്തുവുമായിട്ട് തുക ഇന്ദ്രിയത്തിലൂടെ മനസ്സ് ബന്ധപ്പെടുന്നു സൃഷ്ടികർത്താവ് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ സൃഷ്ടിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നു മനസ്സെന്ന് പറയുന്ന ഒരു പദാർത്ഥം ഇന്ദ്രിയമെന്ന് പറയുന്ന ഒരു പദാർത്ഥം പുറമെ ശീതമെന്ന് പറയുന്ന ഒരു പദാർത്ഥം എന്നിട്ട് ഇതിനെയെല്ലാം ബന്ധപ്പെടുന്നതിനുള്ള വഴികൾ ഇതെല്ലാം ഈ സൃഷ്ടി സൃഷ്ടികർത്താവ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് സദാ ചൈതന്യമയമായിരിക്കുന്ന ആ മനസ്സ് ഇന്ദ്രിയവാര വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ ആ മനസ്സിനെ വിളിക്കുന്നു അറിവ് അല്ലെങ്കിൽ നമുക്ക് അറിവെന്ന് പറയാൻ പറ്റില്ല എൻ്റെ മുമ്പിൽ ചിത്രമുണ്ട് പക്ഷെ ഞാൻ കണ്ണടച്ചിരിക്കുന്നു അതുകൊണ്ട് ആ ചിത്രത്തെ കുറിച്ചുള്ള ഞാനെനിക്കുണ്ടാവുന്നില്ല എൻ്റെ ഉള്ളിൽ മനസ്സില്ലാത്തോണ്ടല്ലോ എന്റെ ഉള്ളിൽ ചൈതന്യമായ മനസ്സുണ്ട് പക്ഷെ എന്റെ മനസ്സിൽ മുമ്പിൽ രൂപം ചിത്രമെന്ന് പറയുന്ന വിഷയം അതുകൊണ്ട് എനിക്ക് ചിത്രജ്ഞാനം ഇല്ല ഈ മനസ്സ് ചക്ഷിനേന്ദ്രിയത്തിലൂടെ ആ ചിത്രവുമായി ബന്ധപ്പെട്ടോ എനിക്ക് ചിത്രജ്ഞാനം ഉണ്ടാവും ഇതൊരു ചിത്രജ്ഞാനം ചിത്രജ്ഞാനം സ്വയം ചൈതന്യമായ മനസ്സ് അതിന്റെ പിന്നിൽ ഈ മനസ്സിന് സദാ ചൈതന്യം പകർന്നു കൊടുക്കുന്ന ചൈതന്യം ഇതിന് നിങ്ങൾ വേർതിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് ഭാഷകാരൻ പറയുന്നത് അറിയാത്ത കൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞു അനിത്യത്വം പാരതന്ത്ര്യം എന്ന് പറഞ്ഞു ഭാഷ ഭാഷയുടെ അർത്ഥം അതിലൂടെ ചിന്തിച്ചിട്ട് പറഞ്ഞു ഭാഷയുടെ മൂലരൂപം ധാതുവാണ് ധാതുവിന്റെ അർത്ഥം ക്രിയയാണ് ക്രിയ പരതന്ത്രമാണ് അനിത്യമാണ് നീ പറയുന്നതെല്ലാം ശരിയാണ് പക്ഷെ ഇതെല്ലാം ഏതിനെക്കുറിച്ച് പറയുന്നു ഈ ചൈതന്യ ആഭാസത്തെക്കുറിച്ച് പറയുന്നു ശീതജ്ഞാനം ഉഷ്ണജ്ഞാനം ചിത്രജ്ഞാനം ഈ ജ്ഞാനത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ആ ജ്ഞാനം എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞു അതൊരു മറ്റൊരു ജ്ഞാനത്തിന്റെ സാന്നിധ്യത്തിൽ സംഭവിച്ചാണ് ഇത് ജ്ഞാനം തന്നെയാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉത്പത്തി വിനാശങ്ങളും പാരതന്ത്ര്യങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇത് പരമാർത്ഥ ജ്ഞാനമല്ല പരമാർത്ഥ ജ്ഞാനത്തിന്റെ സാന്നിധ്യത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നതേ അതുകൊണ്ടാണ് എന്തുപറഞ്ഞ ശബ്ദാദി ആകാരഭാസം ജ്ഞാനം പുറോക്ഷി പറയുന്ന ജ്ഞാനം അത് തിരി ആത്മവിജ്ഞാനസെ വിഷയം കൂടുതാനം എന്ന് പറയുന്നത് ഒരു ചുവരിൽ എഴുതിയ ചിത്രത്തെ പോലെയാണ് ചുവരില്ലാതെ നമുക്ക് ചിത്രം എഴുതാൻ പറ്റത്തില്ല ചിത്രത്തെ കാണണമെങ്കിൽ എന്ത് വേണം അവിടെ ചോരുണ്ടായേ തീരും ഒരാള് പറയുകയാണ് ചിത്രമുണ്ട് ചോരില്ലെന്ന് പറഞ്ഞാൽ എന്താണർഥം എന്തെങ്കിലും അർത്ഥമുണ്ടോ പക്ഷെ അയാള് പറയുന്നതിന് യുക്തി ഉണ്ട് എന്താണോ അയാളെ സംബന്ധിച്ചിടത്തോളം ചോര് അവിടെ മറിഞ്ഞിരിക്കുകയാണ് ചിത്രത്തെ കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം അവിടെ കടലാസ് ഇല്ല ക്യാൻവാസില്ല ചോരില്ല എന്തിനാണോ ആ ചിത്രം വരച്ചതൊന്നുമില്ല അതെല്ലാം പോയി അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ മുമ്പിലുള്ള എന്താണ് ചിത്രം മാത്രം അതിനെ ആസ്വദിക്കുന്നത് അയാൾക്കൊരിക്കലും കടലാസിനെയോ ക്യാൻവാസിനെയോ ചോരനെയൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല അതിന്റെ ഭംഗി സൗന്ദര്യമൊന്നും അയാൾ കാണുന്നില്ല അതിനതൊന്നും ഇല്ല അതിന് അയാൾ കാണുന്ന എന്താണ് ചിത്രത്തിന്റെ സൗന്ദര്യം ഇപ്പൊ ചിത്രത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് പറയുകയാണ് ഇവിടെ കേവലം ചിത്രം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിനൊരു യുക്തിയുണ്ട് അയാളുടെ അനുഭവത്തിനനുസരിച്ചാണ് അത് പറയുന്നത് പക്ഷെ ചിന്തിക്കുന്നവന് മനസ്സിലാകും ഈ ഒരു ചിത്രം ഭിത്തി കൂടാതെ സാധ്യമല്ല എവിടെയോ ഈ ചിത്രം വരച്ചിരിക്കുകയാണ് ഈ ചിത്രത്തിന്റെ എല്ലാ സൗന്ദര്യവും ആശ്രയിച്ചിരിക്കുന്ന ഒന്നുണ്ട് അതിനെയാണ് പറയുന്നത് ആത്മവിജ്ഞാനം ആത്മവിജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപമായിരിക്കുന്ന വിജ്ഞാനം അങ്ങനെ ഒന്നുണ്ട് എന്താ ആത്മസ്വരൂപമായ വിജ്ഞാനം എന്ന് പറയുന്നത് ബാഹ്യമായി കാണുന്ന ശബ്ദാദികൾ വിഷയങ്ങൾ അതിനു പരിശോധിച്ച് നോക്കാം അത് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് അങ്ങനെ പോകും പരമാണുക്കൾ വരെ പോകും അതിനെയും പിന്നിലേക്ക് പോകും ഇതെല്ലാം ഭൗതികമാണ് വസ്തുക്കളാണ് ഭൂതങ്ങളും ഭൗതികങ്ങളുമാണ് ഇതിൽ നിന്ന് നമുക്ക് അറിവെന്ന് പറയാൻ വയ്യ അപ്പോൾ ഇതിൽ നിന്നും വിലക്ഷണമായ ഒന്നുണ്ടായിരിക്കണം ഈ കാണുന്ന ചിത്രത്തിൽ നിന്നും വിലക്ഷണമായ അതല്ല അതല്ലാത്ത ഒന്ന് വേണം അതിന്റെ പിന്നിൽ എന്നാലേ ചിത്രം അവിടെ ഉണ്ടാവും അത് ഉറപ്പുള്ള കാര്യമാണ് അങ്ങനെ ഭിത്തിയില്ലാതെ ആരും ഇതൊരു ചിത്രം വരച്ചിട്ടില്ല അതുപോലെ ഈ ഭൂതഭൗതികങ്ങൾക്ക് പിന്നിൽ ഒന്നുണ്ടാകണം അത് ഇതിൽ നിന്നും വ്യത്യസ്തവുമാണ് എന്തുകൊണ്ടാണ് ഈ ഭൂതങ്ങൾ അല്ലെങ്കിൽ ഭൗതികങ്ങളിൽ ഇവയുടെ സ്വഭാവത്തിന് നിരക്കാത്ത ഒന്ന് കടന്നു വന്നിട്ടുണ്ട് അതിനുള്ള ഇവിടെ ആഭാസം എന്ന് പറയും അറിവെന്ന് പറഞ്ഞു നമുക്കറിയാം പുസ്തകം അറിവല്ല പേന അറിവില്ല പദാർത്ഥങ്ങളാണ് നശിക്കുന്നതാണ് കടലാസ് കൂട്ടിച്ചേർത്താണ് പുസ്തകം ഉണ്ടാക്കിയത് അറിവ് കൂട്ടിച്ചേർത്താലും പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ട് ഭൗതികമായ ഈ വസ്തുക്കളിൽ നിന്നും തികച്ചും വിപരീതമായ ഒന്നുണ്ട് അതിനാണ് നമ്മൾ അറിവെന്ന് പറയുന്നത് അതാണ് പറയുന്നത് ഇത് പുസ്തകമാണ് എന്ന് പറയുന്നത് ഈ അറിവോ നമുക്ക് പുസ്തകത്തെയോ പേനയോ എല്ലാം ആശ്രയിച്ചുണ്ടാവുന്നു ഇതിനെയൊന്നും ആശ്രയിക്കാതെ നിൽക്കുന്നില്ല ഈ അറിവ് ഉണ്ടാകുന്നു നശിക്കുന്നു എല്ലാം ചെയ്യുന്നു അപ്പൊ ഉണ്ടാകുകയും നശിക്കുകയും എല്ലാം ചെയ്യുന്ന ഈ അറിവിന് ആധാരമായ ഒന്നുണ്ട് അതിനാണ് ആത്മവിജ്ഞാനം എന്ന് പറയുന്നത് ആ ഒരു വിജ്ഞാനത്തെ നിശ്ചലമായ വിജ്ഞാനത്തെ ആശ്രയിച്ചിട്ടാണ് ഇത് ഈ അറിവുണ്ടായി നോക്കിയിരിക്കുന്നത് നിരന്തരം മനസ്സിന് അറിവുകൾ ഉണ്ടായിരിക്കുന്നത് അതാണ് ആത്മവിജ്ഞാന വിജ്ഞാന വിഷയഭൂത ആത്മവിജ്ഞാനം പ്രകാശിപ്പിക്കുന്നതാണ് സൂര്യനും അതിന്റെ രശ്മികളും പോലെ നമ്മൾ പറയും സൂര്യന്റെ വകയാണ് ആ രശ്മികൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ സൂര്യനിൽ നിന്നും വേറിട്ടൊരു രശ്മിയില്ല സൂര്യൻ തന്നെ പക്ഷെ നമ്മൾ ധരിക്കുന്ന എന്താണെങ്കിൽ ദൂരെ നിൽക്കുന്നത് സൂര്യൻ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നതല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഇതൊക്കെ രശ്മികൾ അതുപോലെ ആത്മവിജ്ഞാനത്തിന് വിഷയമായിരിക്കുന്നു അറിവുകൾ അതാണ് ഇത് പുസ്തകമാണ് ഇത് കേനയാണെന്നുള്ള അറിവ് ഉത്പദ്യമാനാ അതുണ്ടാകുന്നുണ്ട് നശിക്കുന്നു അതുണ്ടാകുമ്പോൾ പറയുന്നു ഉത്പദൃമാനാ ഏ വ അക്കാര്യത്തിൽ ഒരു സംശയമില്ല അയ്യാറും ഉണ്ടാകുന്നു നശിക്കുന്നു അക്കാര്യത്തിൽ ഞങ്ങൾക്ക് അനു അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്നു അത് ആത്മവിജ്ഞാനേന വ്യാപ്തേ അത് ആത്മവിജ്ഞാന വ്യാപ്തമായി എന്നുവെച്ചാൽ സ്വസരമായിരിക്കുന്ന ആ വിജ്ഞാനമയമായി ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടാകുന്നുള്ളൂ ലോഹത്തെ അഗ്നി ഇട്ട് പഴിപ്പിക്കുമ്പോൾ ആ ലോഹ സ്വയം അഗ്നിമയമായിത്തീരുന്നു ലോഹം തന്നെ അഗ്നിയായി മാറുന്നു പിന്നീട് നമ്മൾ ലോഹത്തെ ലോഹം എന്നല്ലേ വിളിക്കുന്നു പിന്നെന്താ പറയുന്നത് അത് അഗ്നികോളമാണ് ലോഹം എന്നുള്ളത് നമ്മൾ വിസ്മരിക്കുന്നത് ഇത് പറയുന്നത് എന്താണ് അത് അഗ്നി വിറകിൽ അഗ്നി ജ്വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തു പറയുന്നു പിന്നെ അത് വിറകല്ല വിറകാണ് ജ്വലിക്കുന്നത് പക്ഷെ പിന്നീട് നമുക്ക് അതിനെ വിറകെന്ന് വിളിക്കാൻ പറ്റും നമ്മളെന്ത് അഗ്നിയാണ് അത് സ്വയം തന്നെ അഗ്നിയായി മാറി വിറകങ്ങനെ അഗ്നിയായി മാറി കേവലം വിറകു മാത്രമായിരുന്ന അഗ്നി ആകാൻ പറ്റുമോ പരത്തിൽ പുറമേ നിന്നും ഒന്ന് അതിലേക്ക് കടന്നു വന്നു കടന്നു വന്നപ്പോൾ അത് എന്റെ സ്വഭാവം മാറി രൂപം തന്നെ മാറി അതുവരെ അത് പ്രകാശമായിരുന്നില്ല അത് പ്രകാശവിപരീതമായിരുന്നു പിറകെന്ന് പറയുന്നത് പ്രകാശത്തിന് നേരെ വിപരീതമായ വസ്തുവാണ് പക്ഷെ അഗ്നിയുടെ സമ്പർക്കത്തിൽ എന്ത് ചെയ്യുന്നത് പ്രകാശമയമായിത്തീരുന്നു അത് തന്നെ വിറക് തന്നെയാണ് നമ്മൾ പ്രകാശമായി കാണുന്നത് അത് പ്രകാശിക്കുമ്പോൾ വിറകില്ലാതായിത്തീരുന്നു അതുപോലെ ഈ മനസ്സ് പ്രകാശമയമായി തീരുന്നു അതാണ് വ്യാപ്ത എന്ന് പറഞ്ഞിരിക്കുന്നത് ലോഹം അഗ്നിയാൽ വ്യാപ്തമാകുന്നതുപോലെ വിറക് അഗ്നിയാൽ വ്യാപ്തമാകുന്നു എന്ന് പറയുന്നത് പോലെ ഈ മനസ്സ് സ്വയം ജ്ഞാനമയമായിത്തീരുന്നു നമ്മൾ സാധാരണ ബുദ്ധി മനസ്സ് എന്നെല്ലാം പറയുന്നത് ഈ ജ്ഞാനമയമായ മനസ്സിനെയാണ് അത് കേവലം പഞ്ചഭൂതമല്ല അല്ലേ അഗ്നി ജ്വലിച്ചു കഴിഞ്ഞാൽ അതിന് വിറകല്ല വിറകെന്ന് തന്നെ പറയാൻ കഴിയുന്നില്ല കാരണം നമ്മളവിടെ കാണുന്നത് പ്രകാശമാണ് വിറകല്ല ജ്വലിക്കുന്നിടത്ത് പിന്നെ വിറകില്ല പ്രകാശമേ വാസ്തവത്തിൽ വിറക തന്നെ ഒരു നിമിത്തമാണ് അതുള്ളതുകൊണ്ടാണ് ആ പ്രകാശം നമുക്ക് അനുഭവപ്പെടുന്നത് പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ് അയോ ദഹതീത അഗ്നി ദഹിപ്പിക്കുന്നു ഇരുമ്പ് ദഹിപ്പിക്കുന്നു വിറക് ദഹിപ്പിക്കുന്നു എന്തുകൊണ്ട് അത് സ്വയം അഗ്നിമയമായി തീർന്ന് അഗ്നി ദഹിപ്പിക്കുന്നു അത്രയും താതാന്യത വരുന്നു നമുക്ക് വേർതിരിക്കാം അതാ ഇത് ഇരുമ്പാണ് ഇത് അഗ്നിയാണെന്നൊന്നും വേർതിരിക്കാമോ അതുകൊണ്ട് പറയുന്നു അഗ്നി ദഹിപ്പിക്കുന്നു അതുപോലെ മനസ്സിനെ നമ്മൾ പറയുന്നു എന്താണ് അറിവാണ് ബുദ്ധിയാണ് ചിത്തമാണ് അഹങ്കാരമാണ് എന്നാ മനസ്സിനെ പറയും എന്തുകൊണ്ട് അത് ജ്ഞാനമയമായി തീരുന്നു ഞാൻ ആത്മവിജ്ഞാനേന വ്യാപ്ത ആത്മവിജ്ഞാനം വ്യാപ്തമായി എന്ന് പറയുന്നതാണ് ഉത്പദ് അതുണ്ടാകുന്നു അതിന്റെ ആ സൃഷ്ടി അതിനാണ് നമ്മൾ പറയുന്നത് എന്താണിതാ പുസ്തകത്തെ കുറിച്ചുള്ള ജ്ഞാനം ഞാൻ പുസ്തകത്തെ അറിയുന്നു അപ്പൊ ഈ പറയുന്നത് ഞാൻ പുസ്തകത്തെ അറിയുന്നു ഇത് പുസ്തകമാണ് ഇതെന്താ ഇത് അറിവാണ് ഈ അറിവെന്ന് പറയുന്നത് അഗ്നിമയമായ ലോഹത്തെ പോലെയാണ് ജ്ഞാനമയമായ സൂക്ഷ്മ ഭൂതങ്ങളാണ് അത് കേവലം ഭൂതങ്ങളല്ല കേവല ജ്ഞാനവും അല്ല അതുകൊണ്ടിവിടെ പറഞ്ഞെന്താണ് ആത്മവിജ്ഞാന വിഷയഭൂത ഇത് ആത്മവിജ്ഞാനത്തിന്റെ വിഷയമെന്ന് പറയുന്നു എന്തുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഒരു വിജ്ഞാനം ആ വിജ്ഞാനം നിലനിൽക്കുന്നതു കൊണ്ട് അതിനെ ആശ്രയിച്ചു നിൽക്കുന്നു അതാണ് വിഷയം അതിനെ ആശ്രയിച്ചു മാത്രമേ ഈ വിജ്ഞാനത്തിന് നിലനിൽക്കാൻ കഴിയുന്നുള്ളൂ മനസ് ഇതിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ദോഷങ്ങളെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്താണ് ഇത് അനിത്യമാണ് ഉഷ്ണം ഉള്ളപ്പോഷ് പെട്ടെന്ന് അവിടെ ശീതം വന്ന ഉടൻ പറയുന്നത് ശീതമാണ് അറിവ് മാറി അറിവ് അനിത്യമാണ് വരതന്ത്രം മറ്റ് പലതിനെ ആശ്രയിച്ചിരിക്കുന്നു കരണം വേണം തുക ഇന്ദ്രിയം വേണം അല്ലെങ്കിൽ ഇതൊന്നും അനുഭവിക്കും ഇത് ഈ അനുഭവമേ ഉണ്ടാകത്തില്ല നമ്മുടെ തൊക ഇന്ദ്രിയമെന്ന് പറയുന്ന നഷ്ടപ്പെട്ടാൽ ശീതോഷ്ണങ്ങളെ അനുഭവം നമുക്കുണ്ടാകത്തില്ല നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭാവന ഈ യാത്രകൾ കഴിഞ്ഞാൽ നിറങ്ങേണ്ട അനുഭവം ഉണ്ടാകത്തില്ല ുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭാവന ചെയ്യും കൽപ്പന അല്ലെങ്കിൽ സ്മൃതി അതെല്ലാം കാണാം അനുഭവം കാണത്തില്ല ഇതിനെല്ലാം അതുകൊണ്ടാണ് പറയുന്നത് എന്താണോ ആത്മവിജ്ഞാനത്തിന്റെ വിഷയമായി ആത്മവിജ്ഞാനത്തെ ആശ്രയിച്ച് ഈ ഭൂതങ്ങൾ ജ്ഞാനരൂപത്തിൽ നിൽക്കുന്നു അത് പരതന്ത്രമാണോ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പറയുന്നു ആത്മവിജ്ഞാനഅഭാസം അതായത് അറിവ് ബോധം എന്നെല്ലാം പറയും അതാണ് ഞാ എന്ന് പറയുന്ന അർത്ഥം സാധാരണ പഠനം ഞാ എന്ന് പറയുന്ന ധാതുവിന്റെ ബാച്യാർത്ഥം അതാണ് ഈ ആത്മവിജ്ഞാനം എന്ന് പറയുന്നിടത്തും അതേ ധാതുവാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ എന്താ അതിന്റെ അർത്ഥം ലക്ഷ്യാർത്ഥം പറഞ്ഞു വാച്യാർഥത്തിലൂടെ ലക്ഷ്യാർത്ഥത്തിലേക്ക് പോകും നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ മുമ്പ് ആത്മവിജ്ഞാനം ഒരു സ്ഥലത്ത് അതിന്റെ വാച്യമായി അറിവിനെ ബോധിപ്പിക്കുന്നത് എന്തുകൊണ്ട് ആരവ് അത് നമ്മുടെ അനുഭവം അത് നമ്മുടെ മുമ്പിലുണ്ട് ആരുടെ ജീവന്റെ മുമ്പിലുണ്ട് ജീവസാക്ഷിയുടെ മുമ്പിൽ അതുണ്ട് ആറു അത് എവിടെ വന്നു എന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ പിന്നിൽ അതിന്റെ ഉറവിടമായും മറ്റുന്നുണ്ട് അതിനാണ് ആത്മവിജ്ഞാനം എന്ന് പറയുന്നത് ആത്മവിജ്ഞാനം ആത്മരൂപത്തിലുള്ള വിജ്ഞാനം അതിനൊരു സത്യജ്ഞാന അനന്തം ബ്രഹ്മ എന്ന് പറയുന്നത് ധാതുവിന്റെ വാച്യമല്ല ആ വാച്യാർത്ഥത്തിലൂടെ പോയി എത്തിച്ചേരേണ്ട ലക്ഷ്യമാണ് വാച്യാർത്ഥത്തിലൂടെ പോയി വാച്യാർത്ഥത്തിനപ്പുറമുള്ള ലക്ഷ്യമാണ് അവിടെ നിന്നാണ് അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ വാക്യം പ്രകാശിക്കുന്നത് വാക്യമായ അത് പ്രകാശിക്കുന്നത് അതാണ് നിന്റെ സ്വരൂപം എന്നാണ് ആത്മവിജ്ഞാനാവ ഭാസാസ്തത്തെ വിജ്ഞാന ശബ്ദ വാക്സ്റ്റ് ഇതിനെയും പറയും വിജ്ഞാനവും ഇതിനെ പ്രകാശിപ്പിക്കുന്ന പ്രകാശം മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന പ്രകാശത്തിനെയും പറയും വിജ്ഞാനവും ആത്മവിജ്ഞാനം പറയുന്നു മനസ്സാകുന്ന പ്രകാശം അതിനെയും പറയും വിജ്ഞാനവും ആശയക്കുഴപ്പം പറയുന്നു മനസ്സാകുന്ന വിജ്ഞാനത്തെ പറയുമ്പോൾ അത് ധാത്തോർത്ഥമാണ് അവിടെ ഈ പറയുന്ന എല്ലാ ദോഷങ്ങളും ഉണ്ട് വിജ്ഞാനത്തിന്റെ പിന്നിലുള്ള വിജ്ഞാനം അതിനെ പ്രകാശിപ്പിക്കുന്നു കാന്തത്തെപ്പോലെ സൂര്യനെപ്പോലെ പ്രകാശിപ്പിക്കുന്ന ആ വിജ്ഞാനം അത് അത് വിജ്ഞാന ശബ്ദവാച്യമല്ല ഇത് വിജ്ഞാന ശബ്ദത്തിന്റെ വാച്യമാണിത് ഇപ്പോൾ സിദ്ധാന്തി എവിടെ നയിക്കുന്നു പൂർവപക്ഷി എവിടെ നയിക്കുന്നു കുറവക്ഷി വിജ്ഞാന ശബ്ദത്തിന്റെ വാച്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നു സിദ്ധാന്തി വിജ്ഞാന ശബ്ദത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ചാണ് പറയുന്നത് പരസ്പരം ഇത് മനസ്സിലാക്കിയാലേ നമ്മുടെ ഭാഷകാരൻ പറഞ്ഞു വാച്യത്തിലൂടെ കടന്ന് ലക്ഷ്യത്തിലെത്തിച്ചേരുള്ളൂ ആദ്യം വാചിയം എന്താന്ന് മനസ്സിലാവും അതി എന്താണ് ഈ മനസ്സ് എന്താണ് ഈ ആറിവാദം മനസ്സിലാക്കുക ഇപ്പം നമ്മുടെ കയ്യിലുള്ള സാധനം എന്താണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ ഈ അനുഭവം എന്താണ് ഇതിന് വേദാന്ത പ്രക്രിയ എന്ന് പറയും ഒരു തരത്തിലൂടെ മനസ്സിലാക്കും പലതരത്തിലും മനസ്സിലാക്കും വേറെ സ്ഥലത്ത് പറയും എന്താണോ തത്ത് ത്വം അസി തത്ത് ത്വം അതിൽ നിരോധമുള്ളതിന നിഷേധിക്കുക ശേഷിക്കുന്നത് ഭാഗത്യാഗലക്ഷണം അത് വേറൊരു പ്രക്രിയ ഇവിടെ അതൊന്നും അല്ല ഇവിടെ അതിന്റെ ആവശ്യമില്ല അങ്ങനെയുള്ള ആ പ്രക്രിയകളൊന്നും പരമാർത്ഥ സത്യങ്ങളല്ല അത് ഓരോ രീതി പറയുന്നില്ല അത് അങ്ങനെയും മനസ്സിലാക്കാവൂ എന്നുള്ള നിർബന്ധത്തിൽ പറയുന്നതല്ല അങ്ങനെയും മനസ്സിലാവുക ഇങ്ങനെയും മനസ്സിലാക്കാം അത്തരത്തിലുള്ള വിരോധ പരിഹാരത്തിലൂടെ വാശ്യത്തെ നിഷേധിച്ച് ലക്ഷ്യത്തെടുക്കുന്ന രീതിയല്ല അതാ അത്തരം ഒരു കാര്യം അദ്ദേഹത്തിന് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെയും ചിന്തിക്കാം ഇങ്ങനെയും ചിന്തിക്കാം ഇവിടെ പറയുന്ന വാക്യത്തിലൂടെ കടന്നുപോയി അതിനെ നിഷേധിച്ച് ലക്ഷ്യത്തിലെത്തിച്ചേരുന്ന കാര്യം പറയുന്നു വിജ്ഞാനശബ്ദവാക്യാർത്ഥ ഭൂത അതിനെയാണ് ധാത്വർത്ഥം എന്ന് പറയുന്നത് ഈ പറയുന്ന അറിവെന്ന് പറയുന്നത് ആത്മനൈവധർമാ ഇത് ആത്മധർമ്മം തന്നെ ഇതിന് ആത്മധർമ്മം എന്ന് എന്തുകൊണ്ട് പറയുന്നു ആ ചൈതന്യ സാന്നിധ്യത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ചൈതന്യ സാന്നിധ്യത്തിൽ സൂക്ഷ്മഭൂതമായ മനസ്സ് നീക്കുന്നു സ്ഥൂലഭൂതങ്ങളായ വിഷയങ്ങൾ നീക്കുന്നു ഇതെല്ലാം ചൈതന്യം വ്യാപിക്കുന്നു ഇവയ്ക്ക് പരസ്പരം ബന്ധം വരുന്നു അറിവുണ്ടാകുന്നു അതിനെന്തുറയുന്നു ആത്മനയവധർമാഹ അതാ ചൈതന്യധർമ്മം തന്നെ ധർമ്മം എന്നല്ലാൻ പറയുമ്പോൾ സാധാരണ പറയുന്ന ധർമ്മ അല്ല ഇവിടെ പ്രതീതി എന്നുള്ള അർത്ഥത്തിലാണ് ആഭാസം എന്നുള്ള അർത്ഥത്തിലാണ് ധർമ്മശബ്ദം പ്രയോഗിക്കുന്നത് സാധാരണ പറയുന്നത് ധർമ്മമുണ്ട് വിക്രിയാരൂപ അത് ചലനാത്മകമായി നമുക്ക് അനുഭവപ്പെടുത്തും മനസ്സ് ചലനാത്മകമായിരിക്കുന്നു അത് ചലനാത്മകമായി ഇരിക്കും മനസ്സിന്റെ സ്വഭാവമാണ് എന്തുകൊണ്ട് അത് പഞ്ചഭൂതാത്മകമാണ് ശബ്ദസ്പർശ ഗ്രൂപത്സഗന്ധ രൂപത്തിലുള്ളതാണത് അതിൻ്റെ അടിസ്ഥാന അതിന്റെ അടിസ്ഥാന രൂപം തന്നെ എന്താണ് ശക്തിയാണ് ശക്തിയിൽ നിന്നുണ്ടായത് മായാശക്തി എന്നോ അല്ലെങ്കിൽ വിക്ഷേപശക്തി എല്ലാം പറയുന്ന ഒരു ശക്തിയിൽ നിന്നുണ്ടായതാണ് അത് തന്നെയാണ് പ്രാണരൂപത്തിലിരിക്കുന്നത് അങ്ങനെയുള്ള മനസ്സ് സദാ വിക്രിയാരൂപ ക്രിയാരൂപത്തിലിരിക്കും ജ്ഞാനമയമായിരിക്കുക അത് ക്രിയാരൂപത്തിലിരിക്കുന്നു മനസ്സിന്റെ സ്വഭാവം പക്ഷേ ചൈതന്യം അങ്ങനെയല്ല ചൈതന്യം അതിന് വിരുദ്ധമായ സ്വഭാവത്തോടുകൂടിയതാണ് പക്ഷെ ഈ ക്രിയാരൂപത്തിലുള്ള ഈ മനസ്സിനോടുകൂടി ആ ചൈതന്യത്തിന്റെ ഒരു ബന്ധമാണ് ആഭാസം എന്നുള്ളത് പരമാർത്ഥത്തിലുള്ള ഒരു ബന്ധം ആ ബന്ധത്തിനാണ് നമ്മൾ പറയുന്നത് മായ ഈ ചൈതന്യം കേവലമായ ചൈതന്യം എങ്ങനെ ഈ സഞ്ചലമായിരിക്കുന്ന മനസ്സിനോട് ഒന്നിച്ചു ചേർന്നു രണ്ടു മിനിൽ ഒരിക്കലും ഒന്നിക്കുന്നല്ലോ എന്നിട്ട് അറിവെന്നുള്ള രൂപത്തിൽ ഇതെങ്ങനെ നിലനിൽക്കുന്നു അതെങ്ങനെ സംഭവിക്കും ഒരു സമാധാനമുള്ള മായ അന്നർപചനീയും നിർവചിക്കാൻ സാധ്യമല്ല അത് സൃഷ്ടിയിലെ ഒരു നിശ്ചയം അത് എന്താണെന്ന് സൃഷ്ടി വർത്താവിനെ നിശ്ചയിക്കാൻ പറ്റും ജീവനല്ല സൃഷ്ടിച്ചിരിക്കുന്നു ജീവൻ അതിന്റെ സൃഷ്ടിയാണ് അതുകൊണ്ട് ജീവനാണ് അതിലേക്ക് കടന്നു കയറി ചിന്തിക്കാൻ കഴിയത്തില്ല അതിന് ശേഷിയില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് അവിടെ ആത്മാശ്രയ ദോഷം വരും അതുകൊണ്ട് പറയുന്നു മായ അതുകൊണ്ട് ഇത് സംഭവിക്കുന്നു അതുകൊണ്ട് ഈ മനസ്സാകുന്ന അറിവിങ്ങനെ നിൽക്കുന്നു ആ മനസ്സാകുന്ന അറിവ് ആ ചലിക്കുന്നതായി അനുഭവപ്പെടുന്നു ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നു നശിക്കുന്നതായി അനുഭവപ്പെടുന്നു അങ്ങനെ നമ്മൾ പറയുന്നത് മനസ്സിന്റെ പരിണാമമാണെന്ന് പറയുന്നു ഇതെല്ലാം ചൈതന്യത്തെ ആശ്രയിച്ചാണ് പറയുന്നത് ഇതൊന്നും ഇല്ലാത്ത ചൈതന്യത്തെ ആശ്രയിച്ച് പറയുന്നു അവിവേകിധി ആര് അവിവേകികൾ പറയുന്നു അവിവേകം മായ ആ മായയ്ക്ക് അധീനമായിരിക്കുന്ന ഈ ജീവന്മാർ പറയുന്നു പരികൽപ്യത സത്യമല്ല അത് വ്യർത്ഥമായി ഈ തത്വത്തെ ഗ്രഹിക്കാൻ കഴിയാത്തവരായി കൽപ്പനകൾ മനസ്സിൻ്റെ ഏതൊരു മനസ്സാണോ ഈ വിക്രികളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ മനസ്സ് തന്നെ ഇതെല്ലാം സൃഷ്ടിക്കുന്നു പരികൽപ്പന ചെയ്യുന്നു നാനാ തരത്തിലുള്ള കൽപ്പനകളെ ചെയ്യുന്നു അങ്ങനെ അഭിവേകിക്കുന്നു മായയ്ക്ക് അധീനനായിരിക്കുന്ന ജീവന്മാ നാനാ തരത്തിൽ ഇതിനെക്കുറിച്ച് കൽപ്പിക്കുന്നു അവര് പറയുന്നെന്താണോ എന്റെ അറിവ് ഉണ്ടായി നശിച്ചു അന്യാധീനമാണ് പരതന്ത്രമാണ് ഈ അറിവ് ഒരിക്കലും ആത്മാവാകാൻ വഴിയില്ല നിങ്ങൾ പറയാറില്ല പറയുന്നത് എന്താണോ തലച്ചോറിലെ രാസപ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അവിടെ ആ പ്രവർത്തനം നടന്നാൽ അറിവുണ്ടാകും ആ പ്രവർത്തനം നടന്നില്ലെങ്കിൽ അറിവ് നശിച്ചു ആ അറിവിനൊരിക്കലും സത്യമൊന്നും നിത്യമൊന്നോ ഒന്നും പറയാൻ കഴിയും കാരണം അത് ഉണ്ടായി നശിക്കുന്നതെന്ന് അറിയുന്നുണ്ട് നമ്മൾ തലച്ചോറിനെ കുറിച്ചൊന്നും പഠിച്ചില്ലെങ്കിലും നമുക്കറിയാം ഒരു രാസപ്രവർത്തനം പഠിച്ചില്ലെങ്കിലും നമുക്കറിയാം ഒരു വിദ്യാലയത്തിലും പഠിച്ചിട്ടെങ്കിലും നമുക്ക് അറിയാൻ പറ്റുമെന്നാണ് ആ അറിവുണ്ടാകുന്നത് മനസ്സിലും പരമാർത്ഥം ഇതല്ലെങ്കിലും എന്തുകൊണ്ടിങ്ങനെ ഉണ്ടാകുന്നു പറയുന്നു അവിവേകി അവിവേകിൽ ഇങ്ങനെ മനസ്സിനെ കുറിച്ച് കല്പിക്കുന്നു മുമ്പ് പറഞ്ഞ ആനിത്യത്വം പാരതന്ത്രി ച എന്നുള്ളതിന് സമാനം പറഞ്ഞു എന്താണ് ജ്ഞാനം എന്നുള്ളത് വ്യക്തമാക്കു ബ്രഹ്മണോ വിജ്ഞാനം സവിതൃപ്രകാശവച്ച ബ്രഹ്മസ്വരൂപ അവ്യതിരിതം സ്വരൂപമര സവ്യപേക്ഷം നമ്മുടെ ഈ അറിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ അറിവ് നമ്മുടെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആ മനസ്സ് തന്നെ അറിവായിരിക്കുന്നു ആ മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ പറയുന്ന അറിവ് എന്ന് പറയുന്നത് ഈ അറിവ് എന്താണോ ബ്രഹ്മണോ വിജ്ഞാനം ഇത് ഇതിന്റെ പിന്നിലുള്ള വിജ്ഞാനം സൂര്യന്റെ പ്രകാശം പ്രകാശത്തെ കാണാൻ സൂര്യനെ കാണണമെന്നില്ല സൂര്യനെ കാണാതെയും നമുക്ക് പ്രകാശത്തെ കാണാം കുനിഞ്ഞ് നിന്നാലും കാണാം പ്രകാശം മരം നോക്കിയാൽ സൂര്യനെ കാണാൻ പറ്റും പക്ഷെ നമുക്കറിയാം എന്താണ് ഈ പ്രകാശം ആ സൂര്യന്റെ പ്രകാശമാണ് ഇത് രണ്ടും തമ്മിലെ ബന്ധം മനസ്സിലാക്കുന്നതിന് മനസ്സിലാവും ബ്രഹ്മണോ വിജ്ഞാനം ഈ അറിവെന്ന് പറയുന്നത് അതിന്റെ പ്രകാശമാണ് വിജ്ഞാന സൂര്യന്റെ പ്രകാശമാണ് ഈ മനസ്സ് ഇത്ത സവിതൃപ്രകാശവും ആ സൂര്യന്റെ പ്രകാശത്തെ പോലെ അവിടെ ഒരു ബന്ധമുണ്ടല്ലോ ആ സൂര്യനും ആ പ്രകാശവും അങ്ങനെ നമുക്ക് വിച്ഛേദിക്കുമ്പോ സൂര്യനിൽ പോയാലും ആ പ്രകാശമുണ്ട് സൂര്യനിൽ നിന്നെങ്കിൽ ഭൂമിയിൽ വന്നാലും പ്രകാശമുണ്ട് ഏതെങ്കിലും വളരെ സമ്മർദ്ദനായ ഒരു ശില്പി വിചാരിച്ചാല് ആ സൂര്യനിൽ നിന്ന് കുറച്ച് പ്രകാശത്തെ അടർത്തി മാറ്റുക ഒരിക്കലും അത് സാധ്യമല്ല എന്തുകൊണ്ടാണ് സാധ്യമല്ലാത്ത സൂര്യൻ നോക്കി കുറച്ച് പ്രകാശത്തെ എടുത്ത് മാറ്റാൻ കഴിയാത്ത എന്തുകൊണ്ട് കാരണം പ്രകാശം സ്വരൂപനാണ് സൂര്യൻ അന്ന് മാറ്റാൻ പറ്റത്തില്ല ഒന്നും തന്റെ സ്വരൂപമായി പോയാൽ മാറ്റാൻ പറ്റത്തില്ല കാമം ക്രോധം അസൂയ പക വിദ്വേഷം നന്മ തിന്മ ഇതെല്ലാം ഒരു തന്റെ സ്വഭാവം ആയിക്കഴിഞ്ഞ പിന്നെ അവനൊന്നും മാറ്റാൻ പറ്റത്തില്ല പറയാറില്ലേ കാക്കയെ കുളിപ്പിച്ച കൊക്കാകത്തില്ല സ്വഭാവത്തെ മാറ്റാൻ പറ്റത്തില്ല ഒരു അഭ്യാസം കൊണ്ടൊന്നും മാറില്ല ചെറിയ ജോലിക്കും ജപിച്ചാൽ മാറും ധ്യാനിച്ചാ മാറൂ ഒരു രക്ഷമില്ല സ്വാമി ആകുന്നതിന് മുമ്പും സ്വാമിയായതിനു ശേഷവും സ്വാമിയുടെ മുക്തി അഭ്യാസവും ജപവും ധ്യാനവും പക്ഷെ അത് മാറത്തില്ല എന്തുകൊണ്ട് സ്വഭാവമായി പോയി അതുപോലെ അഭ്യാസം കൊണ്ട് അത് മാറത്തില്ല മാറത്തില്ല ഒരു രക്ഷയും അപേ സ്വാമി ഞാനിയായാലോ അസൂയയുള്ള ജ്ഞാനിയായിരിക്കും ഒരു സംശയവും വേണ്ട ഉറത്തി സ്വഭാവത്തെ വിടാൻ പറ്റത്തില്ല ശങ്കരാചാര്യ പറഞ്ഞിട്ടുള്ള ഞാൻ പറയുന്നില്ല നമ്മുടെ സ്വാമിമാരെ കുറിച്ചല്ല പറയുന്ന നിങ്ങൾ അങ്ങനെ ധരിക്കരുത് പൊതുവെ ഞാനിങ്ങനെ ഇത്തരം ചില ശബ്ദങ്ങളൊക്കെ ഉപയോഗിക്കും അപ്പൊ ഒരുവിന്റെ സ്വഭാവം ആരായാലും വസ്തു സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല നിങ്ങൾക്ക് അഗ്നിയെ ഉഷ്ണം അല്ലാത്തതാക്കാൻ പറ്റുമോ ജലത്തെ ശീതമല്ലാത്തതാക്കാൻ പറ്റും പറ്റില്ല എന്നാണ് പറയുന്നത് അഗ്നി ഉഷ്ണം വെച്ച അഗ്നിയുടെ ഉഷ്ണത്തെ മാറ്റാൻ പറ്റത്തില്ല അതതിന്റെ സ്വഭാവമാണ് അപ്പോ സൂര്യൻ്റെ സ്വഭാവമാണ് പ്രകാശം അതുകൊണ്ട് സൂര്യനിൽ നിന്ന് ആ പ്രകാശത്തെ മാറ്റാൻ പറ്റത്തില്ല ആത്മാവിന്റെ സ്വഭാവമാണ് ജ്ഞാനം എവിടെയെങ്കിലും ജ്ഞാനത്തെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോണേ ഇത് ആത്മാവിന്റെ സ്വരൂപമാണ് എവിടെയെങ്കിലും പ്രകാശത്തെ കണ്ടു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കണെന്താണ് ഇത് സൂര്യന്റെ പ്രകാശമാണ് എവിടെയെങ്കിലും ഉഷ്ണത്തെ കണ്ടാൽ മനസ്സിലാക്കണ ഇത് അഗ്നിയുടെ ഉഷ്ണമാണ് അതിന്റെ സ്വരൂപമാണ് അതുകൊണ്ടിവിടെ ഭാഷകാലം പറയുന്നു അത് മനസ്സിൽ വന്നോട്ടെ ആ പ്രകാശം മനസ്സിൽ വന്നാലും അതിന്റെ സ്വരൂപം എന്താണ് ആദിത്യനെ പോലെ ആ വിജ്ഞാനം തന്നെയാണ് അതിന്റെ യഥാർത്ഥ സ്വരൂപം ഇവിടെ മാറ്റം വന്നിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾക്കും മനസ്സിനും വിഷയങ്ങൾക്കുമൊക്കെയാണ് ബ്രഹ്മസ്വരൂപം അവ്യതിരിക്തം ബ്രഹ്മസ്വരൂപത്തിൽ നിന്നും മാറ്റാൻ പറ്റത്തില്ല സ്വരൂപമേവ സ്വരൂപം തന്നെയാണ് വ്യക്തമായും പറയും ഈ അറിവ് നമ്മളീ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അറിവ് ഈ നാനാത്വബോധം അവിടെ ഉണ്ടുള്ള ആ ബോധം അത് ആ സ്വരൂപം തന്നെയാണ് ആത്മസ്വരൂപം തന്നെയാണ് ഈ പ്രകാശം ആ സൂര്യൻ എന്ന് പറയുന്നത് തന്ന കാരണാന്തര സമീപക്ഷം മറ്റൊന്നിനെ അത് അപേക്ഷിക്കുന്നില്ല ഒരു വസ്തുവിന്റെ സ്വഭാവം അത് മറ്റൊന്നിനെ അപേക്ഷിക്കുന്നു ഒരു സ്വഭാവവും മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഈ കരച്ചിലും ചിരിയുമൊക്കെ ഗുരുവന്റെ സ്വഭാവമായി കഴിഞ്ഞാൽ തിന്യവേറെ നിമിത്തമൊന്നും വേണ്ട കരയാൻ വേണ്ടി ആരെങ്കിലും അടുത്തിരുന്ന് ചോണ്ടേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കും സ്വഭാവമായിട്ട് അതുപോലെ വിജ്ഞാനം അതെവിടെ കണ്ടാലും ശരി മനസ്സിലോ അല്ലെങ്കിൽ വിഷയത്തിലോ എവിടെ കണ്ടാലും ശരി അത് തത്സ്വരൂപമാണ് സ്വരൂപമാണെങ്കിലോ ആ വിജ്ഞാനത്തിലൊന്നും സംഭവിച്ചിട്ടില്ല ആ വിജ്ഞാനത്തിൽ സൃഷ്ടി നാശങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതിലൊരു പാരതന്ത്ര്യമുണ്ട് ഈ പാരതന്ത്ര്യൊക്കെ വന്നിരിക്കുന്ന ഇവിടെ ഈ മനസ്സിൽ മനസ്സെന്ന് പറയുന്ന ഭൗതികമായ പദാർത്ഥത്തിലാണ് അതാണ് നിത്യസ്വരൂപത്വം തന്ന കാരണാന്തര സമ്യപേക്ഷം നിത്യസ്വരൂപത്വം അങ്ങനെ പറഞ്ഞു പറഞ്ഞു പക്ഷേ പറയും എന്താണ് സർവവും ആ വിജ്ഞാനം തന്നെ ഉടമകൾ കാണുന്നുണ്ട് ആ വിജ്ഞാനം വിജ്ഞാനത്തിന്റെ സാന്നിധ്യത്തിലുള്ള മനസ്സ് മനസ്സിൻ്റെ മുമ്പിലുള്ള വിഷയം ഇവിടെ പരസ്പര ബന്ധങ്ങൾ പ്രവർത്തനങ്ങൾ ഇതുകൊണ്ടുണ്ടാകുന്ന ജ്ഞാനം അറിവ് അറിവിനെ ആശ്രയിച്ചല്ലേ സർവ്വതും നീക്കുന്നത് സർവ്വ് ഈ മനസ്സിനെ ആശ്രയിച്ചല്ലേ നിൽക്കുന്നത് നമുക്ക് ഈ മനസ്സിനെ ആശ്രയിക്കാതെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ സർവ്വു നന്മയും തിന്മയും തെറ്റും ശരിയും ഈ ലോകവും പരലോകവും ഇതെല്ലാം ഈ മനസ്സാണ് ബോധ്യപ്പെടുത്തുന്നത് മനസ്സിനെ ആശ്രയിച്ചിട്ടാണ് ആ മനസ്സ് എന്തിനെ ആശ്രയിച്ചതിനെയൊക്കെ ബോധ്യപ്പെടുത്തുന്നു ആ വിജ്ഞാനം എല്ല മനസ്സിനെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സാ വിജ്ഞാനത്തെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ സർവഭാവങ്ങളും ആ വിജ്ഞാനം തന്നെ നടത്തുക അവിടെയാണ് ഭാഷകാരം കൊണ്ടെത്തിക്കുന്നത് നിത്യസ്വരൂപത്വ ആ ജ്ഞാനം നിത്യസ്വരൂപമാണ്